ം കഥ അനന്തരം ഈ ശ്ലോകത്തിന് ഒരു വേറിട്ട നിലനിൽപ്പൊക്കെ ഉണ്ട് എന്ന് പറയാം സ്വതന്ത്രമായി ഈ ശ്ലോകത്തെ എടുത്ത് വ്യാഖ്യാനിക്കാവുന്നതാ ഇതൊരു സൂത്രം പോലെയാണ് ഈ ശ്ലോകം സൂത്രം എന്ന് പറഞ്ഞാൽ മഹത്തായ ആശയത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ സൂത്രം തതഹ അനന്തരം സാമാന്യ സാരം പറയട്ടെ അനന്തരം വെളുത്ത കുതിരകളെ കൂട്ടിയിട്ടുള്ള തേരിൽ ഭഗവാനും അർജുനനും ദിവ്യങ്ങളായിട്ടുള്ള ശംഖുമുഴക്കി ഇതാണ് കാര്യം ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അനന്തരം എന്ന് പറഞ്ഞാൽ ജന്തുനാം നരജന്മദുർലഭം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു എത്രയോ ജന്മങ്ങളില് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണത്രേ നരജന്മം ആചാര്യസ്വാമികൾ പറയുന്നുണ്ട് ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ അതൊക്കെയാണ് ഇവിടെ കാണുന്നത് ജന്തുവിനാം നരജന്മ ദുർലഭം ജന്തുക്കളിൽ നരനായിട്ട് ജനിക്കുക എന്നുള്ളത് ദുർലഭമാണ് അപ്പൊ തഥാ എന്ന് പറഞ്ഞാൽ അനന്തരം എന്ന് പറഞ്ഞാൽ അനേക യോനികളിലൂടെ സഞ്ചരിച്ചു സഞ്ചരിച്ച് ഇതാ ഒരു ജീവൻ ഇവിടെ പ്രകടമാവുന്നു ഒരു ശിശു ജാതമാകുന്നു എങ്ങനെയാവൻ ജാതമാകുന്നത് ശ്വേതൈ ഹി ഹയൈ വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള രഥത്തിൽ വെളുപ്പ് എന്ന് പറഞ്ഞാൽ സാ എന്താ സാത്വികതയെ പ്രതിനിധാനം ചെയ്യുന്നു വെളുപ്പ് കുതിരകളോ ഇന്ദ്രിയങ്ങളാ ഇവിടെ രഥകൽപ്പന നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കും മനസ്സിലാക്കണം എന്നാലേ ഒന്നാം അധ്യായം മനസ്സിലാവുള്ളൂ ഗീത ഉപനുഷ്യത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം എന്നറിയാം അവിടെ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തുസാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച് ഇന്ദ്രിയാണി ഹയാനാഹുഹു വിഷയാന്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭൗക്തേത്യാഹു മനീഷിണ എന്ന് ഹമധർമ്മൻ നജികേദസ്സിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് രഥകൽപ്പന എന്നാ പറയ ഇവിടെ ഈ രഥസ്ഥാപനം രഥകൽപ്പനയും രഥസ്ഥാപനവും വളരെ കയമായിട്ടുള്ള ഒന്നാണ് അത് രണ്ടും ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് രഥകൽപ്പന നമുക്ക് വിശദാക്കാം വിശദീകരിക്കാം നിങ്ങളുടെ കയ്യിലുണ്ടോന്നറിയില്ലേ ഭഗവത്ഗീതാരാധന എന്നുള്ള പേരിൽ അതിൽ രഥകൽപ്പന വരുന്നുണ്ട് ഗീതാ മഹാത്മ്യ ഇത്യാദി പിന്നെ കരന്യാസം ഇതൊക്കെ വരുന്നുണ്ട് ഒരു ശിശു ജനിക്കുമ്പോ അവൻ എങ്ങനെയാണ് മാധവൻ ഉണ്ട് മാധവൻ എന്ന് പറഞ്ഞാൽ അറിവിനെ ധരിച്ചവൻ എന്നാണ് എന്താണത്രേ നമ്മുടെ സവിശേഷത മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് നാം എങ്ങനെ ഭിന്നമായി നിലകൊള്ളുന്നു അതായത് മറ്റുള്ളതിനും കുട്ടികളുണ്ട് മറ്റുള്ളതിനും മറ്റുള്ളതും ഭക്ഷണം കഴിക്കുന്നു ഞാനും ഭക്ഷണം കഴിക്കുന്നു സകല ജീവജാലങ്ങളും ഉറങ്ങുന്നു ഞാനും ഉറങ്ങുന്നു ആഹാരം നിദ്ര ഭയം മറ്റുള്ളതിന് ഭയമുണ്ട് എനിക്കുണ്ട് ഭയം ആഹാരം നിദ്രാ ഭയം മൈഥുനം വംശവർദ്ധനവിനായിട്ട് ചെയ്യുന്ന പ്രക്രിയ മൈഥുനം നാല് കാര്യങ്ങളെ മൃഗങ്ങൾക്കുള്ളൂ എന്നാണ് ആഹാരം നിദ്ര ഭയം മൈഥുനം എന്നാൽ ഈ നാല് കാര്യങ്ങൾ മാത്രമായിട്ട് മനുഷ്യന്മാരിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് ഈ നാലേ ഉള്ളൂ ആഹാരവും നിദ്രയും ഭയവും മൈഥുനവും അത്രയുള്ളൂ അഞ്ചാമതൊന്നുണ്ട് അതിൻ്റെ പേരാണ് വിവേകം അയ്യോ സ്വാമി വിവേകം ഇല്ലാന്ന് ആര് പറഞ്ഞു ഇല്ലാന്ന് പറയാം വിവേക ആചാര്യസ്വാമികൾ അതിനെ ചൂടാമണി എന്നാ പറയുന്നു വിവേക ചൂടാമണി ധരിക്കാൻ പാകത്തന്നെ ഈ നമ്മള് വെക്കുന്ന ഓരോ സാധനം ഉണ്ടല്ലോ ഈ ഞണ്ട് പോലെയൊക്കെയുള്ള തലക്കിങ്ങനെ ഇങ്ങനെ ഓരോ ജീവികളെ പോലുള്ള ഓരോ സാധനങ്ങളുണ്ട് ഇങ്ങനെ ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടാ വിചാരിക്കുന്നത് എന്ത് ജീവിയാണ് നോക്കുമ്പോ അത് തലയിൽ വെക്കുന്നതാണ് അവിടെ ഒരിക്കലും എലിയും പൂജയും കൂടെ റെസ്റ്റോറന്റിൽ പോയി ഒരുമിച്ചു എലി പൂച്ച ഒരുമിച്ച് അവര് കയറിയത് അങ്ങനെ ഇരുന്നു അപ്പൊ എലി ഓർഡർ കൊടുത്തു നെയ്റോസ്റ്റ് അപ്പൊ എലിയോട് ചോദിച്ചു നിങ്ങളുടെ ഫ്രണ്ട് പൂച്ചയ്ക്ക് എന്താ വേണ്ട അപ്പൊ എലി വെയിറ്ററോട് പറയണം എവിടോ വിട്ടി അയാൾക്ക് വിശപ്പുണ്ട് ഞാനിവിടെ ഇരിക്കുവെന്ന് ഇല്ല പക്ഷെ വിശപ്പില്ലാത്തിടത്തോളം കാലം അവർ തമ്മിൽ സുഹൃത്തുക്കളായിട്ടിരിക്കാം മൃഗങ്ങളിൽ അങ്ങനെ കാണാം വിശപ്പില്ലെങ്കിൽ ഒരു മൃഗം വേറൊരു മൃഗത്തെ ആക്രമി അത് ആഹരിക്കണം അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം പൂച്ചയുടെ മുൻപിൽ എലി പെട്ടുകഴിഞ്ഞാൽ എലി ഒരിക്കലും ചിന്തിക്കില്ല അല്ല പൂച്ച ചിന്തിക്കില്ല കറുത്തും അകർത്തും അന്യത അകർത്തും എനിക്ക് പിടിക്കാം പിടിക്കാതിരിക്കാം പിടിച്ചു വളർത്താം വിശപ്പിണ്ടി ചാടി ഒറ്റപ്പെടുത്താം വിശപ്പില്ലി ഒഴിവാക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല നമ്മുടെ മുൻപിൽ എലിപ്പെട്ട ഒറ്റയടിക്ക് അതിൻ്റെ കഥ കഴിക്കാം വേണമെങ്കിൽ അതിനെ പിടിച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ മുക്കി മുക്കി കൊല്ലാം ഇനി അല്ല അതിനെ പരീക്ഷിക്കാം പരീക്ഷണമൊക്കെ നടത്ത പല ആദ്യ പരീക്ഷണങ്ങളെല്ലാം അതിലാണല്ലോ നടത്തുന്നത് പക്ഷേ നമ്മുടെ കാര്യത്തിൽ അതെ മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവര് പ്രകൃതിക്കനുസരിച്ച് പോകുന്നു പ്രകൃതി അനുസാരികളാണ് നമുക്ക് ചെയ്യാനും മറിച്ചു ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള വിവേകമുണ്ട് ഈ വിവേകം നാം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ഈ വിവേകത്തിലൂടെ നാം വൈരാഗ്യത്തെ ആർജിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരത്തെ കണ്ടെത്തി അതിലമർന്നിരിക്കേണ്ടവനാണ് അതിനെയാണ് മാധവൻ എന്ന് പറയുക ആ അറിവോട് കൂടിയിട്ട് ആ സ്വാതന്ത്ര്യത്തോടുകൂടി വരുന്ന ഒരേ ഒരു സൃഷ്ടിയിലെ മകുടമാണ് നാം അപ്പൊ ഒരു കുട്ടി വരുന്നതേ ശുദ്ധ അന്ധകരണത്തോട് കൂടിയിട്ട ഇന്ദ്രിയങ്ങളൊക്കെ ശുദ്ധമാണ് വെളുത്ത കുതിരകളാണ് അതിലൊരൽപ്പം പോലും കറയില്ല എന്ന് പറയാം മഹതീ സ്യന്തനെ മഹത്തായ രഥം എന്തുകൊണ്ട് അതിൽ മാധവൻ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ശരീരം രഥമേവത്തു എന്നാണ് അപ്പൊ നമ്മുടെ രഥത്തിൻ്റെ മാഹാത്മ്യം എന്താണ് ഭഗവാൻ അറിവ് ആയി നമ്മിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ രഥങ്ങളും ശ്രേഷ്ഠം തന്നെ പക്ഷെ ഇതിന് കുറേയും കൂടെ ശ്രേഷ്ഠതയുണ്ട് മാധവൻ ഇനി ഈ രഥത്തിന്റെ മറ്റ് പല മഹാത്മ്യങ്ങളുണ്ട് വീണ്ടും ഈ രഥം അഗ്നി ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാണ് അർജുനന് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും സൂര്യനിൽ എത്തുന്നു ഇതാണ് നമ്മുടെയൊക്കെ രഥം ഈ ശരീരമാകുന്ന രഥം ആത്മാനം രഥിനം വിധി ശരീരം രഥമേവത്തു ബുദ്ധിം തുസാരഥിം വിധി മനപ്രഗ്രഹമേ വെച്ച ഈ ചിത്രമുണ്ടല്ലോ ഇത് നമ്മുടെ ചിത്രമാണ് നമ്മുടെ തന്നെ ഫോട്ടോ ആണ് ഈ പിറകിൽ കാണുന്നത് നമ്മുടെ ഫോട്ടോ വേറെ ആരുടെയും ഫോട്ടോ അല്ല നമ്മുടെ ഫോട്ടോ എന്തൊക്കെ ഉണ്ട് നമുക്ക് എന്ന് ചോദിച്ചാൽ ഈ കാണുന്നതൊക്കെയുണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ മനസ്സ് ബുദ്ധി ശരീരം ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങൾ ഈ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇതൊക്കെയാണ് കടോപനിഷത്തിലെ യമധർമ്മൻ നജികേദാസന് പറഞ്ഞു കൊടുക്കുന്നത് ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് നിർത്തേണ്ടത് ഈ നിർത്തുന്ന സ്ഥലമാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചത് ഭഗവാൻ കൊണ്ട് നിർത്തി കൊടുക്കുന്നുമുണ്ട് ശ്രദ്ധിക്കുക അപ്പൊ ശ്വേതൈഹി ഹയേ ഹി യുക്തേ വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള ഈ മഹത്തായ രഥത്തിൽ ഇരുന്നു കൊണ്ട് മാധവനും പാണ്ഡവനും ഭഗവാനും അർജുനനും ദിവ്യങ്ങളായിട്ടുള്ള ശംഖുമുഴക്കി കുട്ടിയുടെ ആദ്യത്തെ കരച്ചില് തന്നെ ഉണ്ടല്ലോ അതാത് ആദ്യത്തെ കരച്ചില് അതൊരു പ്രത്യേക കരച്ചില അത് ഈ നിങ്ങൾ സിനിമയിലൊക്കെ ഊഹ ഊഹ എന്നൊക്കെ കാണാം അതൊന്നുമല്ലാത്ത ആദ്യത്തെ കരച്ചില് പിന്നെ കുട്ടി കരഞ്ഞിട്ടുണ്ടാവില്ല ആദ്യത്തെ ശംഖധ്വനി പിന്നെ അത് കരിക വല്ല കൊതുക് അടിച്ചിട്ടോ അതിന് വയർ വേദനിച്ചിട്ടോ അല്ലെങ്കിൽ അച്ഛനെ കണ്ടുപേടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നീടുള്ള കരച്ചിലുകളൊക്കെ അപ്പൊ ശ്വേതൈ ഹി ഹയൈ യുക്തേ മഹതിസ്യന്തനെ ദിവ്യങ്ങളായിട്ടുള്ള ശംഖു മുഴക്കി എന്തൊക്കെയാണ് ദിവ്യങ്ങളായിട്ടുള്ള ശംഖ് ഈ ശംഖധ്വനി എന്തൊക്കെയാണ് ആ കുരുക്ഷേത്ര ഭൂമിയിൽ എങ്ങനെ പ്രകടമായി ഇതൊക്കെ അടുത്ത രണ്ട് ശ്ലോകങ്ങൾ പതിനഞ്ചും പതിനാറും അതിൽ ഈ പതിനാല് പതിനഞ്ച് പതിനാറ് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് നിങ്ങൾ അതിനെ നന്നായിട്ട് തന്നെ ഉൾക്കൊള്ളണം വേറിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണാം എന്താണ് ആ വെളുത്ത കുതിരകളെ ഉള്ള തേരിൽ അങ്ങനെ ഭഗവാൻ വന്നു എന്നൊക്കെ അതിലുപരി നമ്മൾ തന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ ആ വരവ് തന്നെയാണ് ഇത് എന്ന് പറയാം നമ്മുടെ വരവാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതേ എങ്ങനെയാണ് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എങ്ങനെ അറിവായിട്ട് അറിവായിട്ടാ ഭഗവാൻ കൂടെ ഉള്ളത് വേറെ ഒരു പ്രകാരത്തിലുമല്ല അറിവോട് കൂടിയിട്ട് എന്നിട്ട് ഇവിടെ എന്താണ് ചെയ്തത് അറിയും നോക്കാം പതിനഞ്ചാമത്തെ ശ്ലോകം ൃഷീകേശോത്തം പൗണ്ട്രം ദൗ മഹാശംഖം ഭീമകർമ്മോദര ആദ്യം ഭഗവാന്റെ ശംഖു പറയുന്നു അവിടെ ഭീഷ്മർ മുഴക്കി ഉടനെ കിട്ടിയതൊക്കെ എടുത്ത് എല്ലാവരും മുഴക്കി ഇവിടെ അങ്ങനെയല്ല ആദ്യം ഭഗവാനിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയാം നമ്മുടെ എന്ത് കർമ്മവും ആരംഭിക്കേണ്ടത് അവിടെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യ ആരംഭിക്കുകയാണ് വിദ്യാഭ്യാസം ആ എന്താ അരിയിലെഴുത്തുന്നു എന്താ അരിയിലെഴുത്തല്ല അരിയിലെഴുതുന്ന പറയുന്നത് വിദ്യാരംഭം എല്ലാം എല്ലാ ചടങ്ങുകളും ആ ആരംഭം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അതില്ലാതെയാവുമ്പോഴാണ് ആ ചിലരെ സംബന്ധിച്ച് അങ്ങനെ ഒരു തൂമ്പ എടുക്കുമ്പോ പോലും അവരത് തൊട്ട് ഒന്നിങ്ങനെ അത്രയും മതി വലിയ മന്ത്രങ്ങളൊന്നും അറിയേണ്ട ഓം തൂമ്പായ നമഹ ഓം അതായ നമഹ എന്തിനാ വെറുതെ ഈ എന്നൊക്കെ പറഞ്ഞ് അത് ഈ ഓട്ടോവർഷം എടുക്കുന്നവർ കണ്ടുണ്ടോ ആ സ്റ്റിയറിങ്ങിന്റെ ആ അതിന്റെ ഹാൻഡിലിന്റെ ഉള്ളു രാവിലെ തന്നെ മതി അതിനൊരു ഐശ്വര്യമുണ്ട് എവിടെയോ കൊണ്ട് സമർപ്പിക്കുക എവിടെയോ സമർപ്പണമില്ലാത്ത ജീവിതം എങ്ങനെയാണ് പൂർണ്ണതയുണ്ടാവുക അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് തുടങ്ങുന്നു പാഞ്ചജന്യം ഹൃഷികേശ ഗംഭീരാണ് പ്രയോഗം ഋഷികേശ എന്ന് പറഞ്ഞാൽ ഋഷി കാണാം ഈശ ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് ഭഗവാൻ ഇവിടെ വ്യാസൻ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പേര് ഹൃഷീകേശൻ എന്നാണ് നല്ല ചുരുണ്ട മുടിയുള്ളവൻ എന്ന് മാത്രമല്ല ഋഷി കാണാം ഈശ ഋഷികങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ഈശൻ പറഞ്ഞാൽ ബോധം എന്ന് തന്നെ പാഞ്ചജന്യത്തെ മുഴക്കി കഥ കേട്ടിട്ടുണ്ടാകും പഞ്ചജനൻ എന്ന അസുരൻ ിക്കുക ഈ അസുരൻ ശംഖുരൂപിയായിട്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശംഖുരൂപം പ്രാപിച്ച് കടലിന്റെ അടിയിൽ ഒളിച്ചു കഥാസ്വാമി വിസ്തരിക്കുന്നില്ല അറിയുന്നതാണ് നിങ്ങൾക്ക് ഏതായാലും ഭഗവാൻ ഇവനെ ശംഖിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് പുറത്തിട്ടു കൊന്നു എന്നാണ് കൊന്നു ഈ അസുരന്മാരെ കൊല്ലലാണ് ഭഗവാന്റെ ഒരു വിനോദം നമുക്ക് മനസ്സിലാവാത്തതും അതാണ് കുട്ടികൾക്കൊക്കെയുള്ള ഏറ്റവും വലിയ സംശയം ഈ ഭഗവാൻ ഈ കൊല്ലുന്ന പരിപാടി അത് നല്ലതല്ലല്ലോ എന്നാണ് ഈ അസുരനെ കൊന്നു ആരെയാണ് ഭഗവാൻ കൊല്ലുന്നത് അസുരന്മാരെയാണ് കൊല്ലുന്നത് ആരാണ് അസുരൻ അസുരൻ എന്ന് പറഞ്ഞാൽ അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവൻ അസുരൻ ിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും സത്യമെന്ന് കരുതി ജീവിക്കുന്നവരൊക്കെ അസുരന്മാരാണ് ആഹാ അതെ അതുകൊണ്ട് ഈ അസുരന്മാർക്ക് ഇന്ദ്രിയങ്ങൾക്കൊക്കെ കുറച്ച് വലിപ്പം കൂടും കണ്ടിട്ടില്ലേ നാക്ക് കുറച്ച് പുറത്തേക്ക് നിൽക്കും കണ്ണ് തുറച്ച് നിൽക്കും പല്ലൊക്കെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഏത് നേരം തിന്നുക ഏത് നേരം കുടിക്കുക ഇങ്ങനെയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ സത്യമെന്ന് കരുതി അതിൻ്റെ ലാളന് പാലന് പോ എന്താ പോഷണ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്വജീവിതത്തെ സമർപ്പിക്കുന്നവർ അസുരന്മാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഇതിലാണ് ഇന്ദ്രിയങ്ങളിലാണ് അവരുടെ താല്പര്യം ദൈവികമായിട്ടുള്ള ഭാവം വരുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധികരണമുണ്ട് അധികരിച്ചു നിൽക്കുക അത് എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യതയെ കാണിക്കുന്നത് അപ്പൊ ഈ അസുരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആസുരികമായ ഭാവത്തെ ഇല്ലായ്മ ചെയ്യുക എന്നാണ് അതാ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ചെറുപ്പം മുതൽ തുടങ്ങിയിട്ടുള്ള പരിപാടി അത് മൊല സമയത്ത് പൂതനെ കാലിട്ടടിക്കുന്ന സമയത്ത് തൃണാവർത്തനയും ചടകാസുരനെയും ഒക്കെ ശരിയാക്കി ബകാസുരനും ഇങ്ങനെ ഈ അസുരന്മാരെ മുഴുവൻ ചുരുക്കി പറഞ്ഞാൽ ഇന്നൊരു കോടതിയിലേക്ക് കേസെടുത്താൽ എഫ് ഐ ആർ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ കോടതി തള്ളും കേസ് കാരണം ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറയും കാരണം ഒരു കുട്ടിക്ക് ഇത് രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇനി വേണമെങ്കിൽ ഈ എന്താ നമ്മുടെ ഈ പല പല കലാപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഈ മാറാട് കലാപം അതൊക്കെ ചർച്ച ചെയ്യുന്ന കോടതി തന്നെ വേറെയാണ് ഇതുപോലെ കൃഷ്ണന്റെ കേസ് കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക കോടതി വേണ്ടി വരും കാരണം കാണിച്ചു കൂട്ടിയത് അത്രയും ഒരാറാമത്തെ എന്താ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമായിട്ടില്ല അതിനു മുമ്പേ അമ്മാവനെ ശരിയാക്കി അപ്പൊ എന്താണ് ഭഗവാന്റെ കൊല്ലൽ ഭഗവാൻ കൊല്ലാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ഭഗവാന്റെ ഒരായുധത്തിന്റെ പേര് നിങ്ങൾ ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ് സുദർശനം എന്നാണ് പേര് സുദർശനം എന്നാൽ സുഷ്ടും ദർശനം ഇതി സുദർശനം എന്നാണ് സുദർശനം എന്നാൽ സുഷ്ടും ദർശനം ഇതി സുദർശനം എന്നാണ് പക്ഷേ നമുക്ക് ഈ ആയുധം കണ്ടുപരിചയമുള്ളത് ഈ തടിക്കമ്പനിയിലെ അറക്ക കമ്പനിയിലെ ഒരു വാളുണ്ട് പല്ലിങ്ങനെ കുറെ പല്ലുകളുള്ള ശിവകാശിക്കാരൻ വരച്ചപ്പോ അതങ്ങനെ വരച്ചു അപ്പൊ നമ്മൾ വിചാരിച്ച് ഇങ്ങനെയൊരു വാള് ഭഗവാൻ ഇങ്ങനെ അങ്ങോട്ട് കറക്കി വിടും അത് കൊണ്ടുപോയി കഴുത്തെടുക്കുമെന്ന് പേര് സുദർശനം എന്നാണ് ദർശനം കാഴ്ചപ്പാട് സുദർശനം ശരിയായ കാഴ്ചപ്പാട് ശരിയായ കാഴ്ചപ്പാട് നൽകിക്കൊണ്ടാണ് ഒരുവനെ കൊല്ലുന്നത് അങ്ങനെയാണ് ഇവിടെ കൊല നടന്നിട്ടുള്ളത് രാമകൃഷ്ണദേവൻ നരേന്ദ്രൻ എന്ന യുവാവിനെ കൊല്ലുകയായിരുന്നു അവർ സംശയമില്ല രാമകൃഷ്ണദേവൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ഒരുപാട് പേര് അതൊക്കെ ഒരു ആധ്യാത്മിക കൊലപാതകമാണ് പിന്നെ അവിടെ ജനിക്കുന്നത് ആരാണ് വിവേകാനന്ദനാണെന്ന് പറയാം ഇതുകൊണ്ടാണ് ഭഗവാൻ ആരെ കൊന്നുകഴിഞ്ഞാലും ആ രൂപത്തിൽ നിന്ന് വേറൊരു രൂപം ജനിക്കും ആ രൂപം ഭഗവാനെ സ്തുതിക്കും അതിന്റെ താല്പര്യം ഇതാണ് അതായത് പഴയാളല്ലപ്പോ നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ലേ അയ്യ അയാൾ പഴയാളൊന്നുമല്ലോ ആശ്രമത്ത് പോയി ആളാകെ മാറി പഴയാളെയല്ല അതെ പഴയാളല്ല അയാളുടെ കാഴ്ചപ്പാട് മാറി പണ്ട് അയാൾ അമ്പലം പൊളിച്ച് കക്കൂസ് പണിയണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ അയാൾ അമ്പലത്തിന്റെ പ്രസിഡന്റാണ് ബാലകൃഷ്ണമേനോട് നാഷണൽ ഹെറാൾഡ് പത്രത്തില് പ്രവർത്തിക്കുന്ന സമയത്ത് സന്യാസിമാരാണ് ഭാരതത്തിന്റെ ശാപം ഈ മൂരാച്ചികളെ ഹിമാലയം ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിച്ച് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെറുപ്പക്കാരെയും മറ്റ് അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ ആവശ്യം ഉള്ള സമയത്ത് ഈ മൂരാച്ചികൾ അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നിട്ട് ശിവോഹം എന്നൊക്കെ അങ്ങനെ ഇരിക്കുക ഇവന്മാരെ പുറത്ത് ചാടിച്ചിട്ട് എന്നെ കാര്യം ഒരു വെള്ളിയാഴ്ച ദിവസം പത്രപ്രവർത്തകന്റെ ഒരു ക്യാമറയും നോട്ട്ബുക്കും ഒക്കെ ആയിട്ട് ഋഷികേശിലേക്ക് പോവുക തിങ്കളാഴ്ച മുതൽ പീച്ചർ എഴുതാൻ സ്വാമിജി പറയുന്നു യുഹത്തിന് അഡ്രസ് ചെയ്യുമ്പോൾ മക്കളെ ആ തിങ്കളാഴ്ച പിന്നെ എനിക്ക് വന്നിട്ടില്ല ബാലകൃഷ്ണമേനോനെ കൊന്നു ശിവാനന്ദ സ്വാമികൾ പിന്നെയോ ചിന്മയാനന്ദൻ ജനിക്കുന്നു ആ ചിന്മയാനന്ദന് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല നരേന്ദ്രൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വിവേകാനന്ദന് തൻ്റെ ഗുരുവിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല ഏതൊക്കെ അസുരന്മാരെ ഭഗവാൻ കൊന്നിട്ടുണ്ടോ ആ അസുരന്മാരൊക്കെ സുരന്മാരായിട്ട് ഒരു സ്തുതി നടത്തുന്നുണ്ട് എങ്ങനെയാണോ ശരീരത്തിലെ ഒരു അവയവം കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ അവയവത്തെ മാറ്റിവെക്കുന്നത് ഇത് ശരീരം പൂർണ്ണമായി ദുഷിച്ചിരിക്കുക എങ്ങനെയാണ് ശരീരം ദുഷിക്കുന്നത് സങ്കൽപ്പങ്ങളെ കൊണ്ട് വികാര വിചാരങ്ങളെ കൊണ്ട് തെറ്റായ കാഴ്ചപ്പാട് നിലനിന്നതുകൊണ്ട് ആ കാഴ്ചപ്പാടിന് ദർശനത്തെയാണ് ഭഗവാൻ മാറ്റുന്നത് അതാണ് ഇവിടുത്തെ കൊല അതുകൊണ്ടാണ് പുഷ്പവൃഷ്ടിയും മറ്റും ഉണ്ടാകുന്നത് അല്ലാതെ ഈ ആളുകളെ കൊല്ലുന്നതെല്ലാം ഇവിടുത്തെ കൊല ആ കൊല നിരന്തരം നടക്കുന്നുണ്ട് അത് കൃഷ്ണന്റെ കാലത്തുണ്ട് അതിനുശേഷവും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഓരോരുത്തരുടെ നോട്ടം മതി ചിലരൊക്കെ മരിക്കാൻ ഭഗവാൻ ചിലരെയൊക്കെ നോക്കിക്കൊന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചിലരുടെ ഒരു തലോടലും ചിലരുടെ ഒരു സംഭാഷണം രാമകൃഷ്ണ വചനാമൃതം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വരാൻ പോകുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ നമുക്ക് എന്താ ഈ വിവേകാനന്ദ സ്വാമികളുടെ സാന്നിധ്യത്തിൽ എത്ര പേര് മാറി മറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ സ്വാമിജിയൊക്കെ എന്താ പറയുക സ്വാമിജിയെ വാദിച്ച് തോൽപ്പിച്ച് പരാജയപ്പെടുത്താൻ വളരെ ആസൂത്രിതമായിട്ട് നീക്കങ്ങളൊക്കെ നടത്തി സ്വാമിജിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശങ്കരാചാര്യർ അതിനു മുൻപുണ്ടായിരുന്ന ശങ്കരാചാര്യർ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു കാഴ്ചപ്പാട് ശരിയായ കാഴ്ചപ്പാടിനെ പ്രദാനം ചെയ്തുകൊണ്ട് പഴയ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി മാറ്റിമറിച്ച് ഒരു പുതിയ വ്യക്തിത്വത്തെ ഒരു നവം നവമായ വ്യക്തിത്വത്തെ പ്രദാനം ചെയ്തുകൊണ്ട് മനുഷ്യനെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്ന പ്രക്രിയയെ നമ്മുടെ പുരാണത്തിൽ വരുമ്പം അതൊരു മോക്ഷം കൊടുക്കുക എന്ന് പറയും കൊല്ല എന്നൊന്നുമല്ല അതിൽ പറയുന്നത് മോക്ഷം എന്ന് നിന്യ എപ്പോഴോ വ്യാഖ്യാനിച്ച ദുർവ്യാഖ്യാതാക്കൾ അവർക്ക് മനസ്സിലാവാത്തപ്പോ അവര് പറഞ്ഞു കൊന്നു എന്ന് ഭഗവാൻ കൊന്നാൽ പിന്നെ കേസില്ലല്ലോ ഒരാൾക്ക് ഒരാളെയും കൊല്ലാനുള്ള അധികാരമില്ല മോക്ഷം കൊടുക്കുകയാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ അതാണ് സ്വാതന്ത്ര്യം ഈ കെട്ടുപിണഞ്ഞിരിക്കുക മറ്റു പലത്തിലും അപ്പൊ പാഞ്ചജന്യം പഞ്ചജനെ കൊ എന്ത് പേര് തന്നെ എന്ത് ഗംഭീരാ പഞ്ചജനൻ എന്നാണ് അസുരന്റെ പേര് പഞ്ചജനൻ എന്ന് പറഞ്ഞാല് അഞ്ച് പ്രകാരത്തിലേക്ക് ജനിച്ചവൻ എന്താണ് അഞ്ച് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതിലാണ് ഇവൻ ജനിച്ചിരിക്കുന്നത് ഇതിലേക്ക് ജനിച്ചിരിക്കുക ഇത് സത്യം എന്ന് കരുതുന്നവൻ അതുകൊണ്ടല്ലേ രാവണന് പത്ത് തല ദശമുഖെന്ന് പറയുന്ന എന്താണ് ഈ അസുരനായതുകൊണ്ട് അതായത് ശബ്ദസ്പർശരസരൂപഗന്ധങ്ങളും അതുപോലെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പുറത്തേക്ക് വെച്ച് സദാസമയം നടക്കുക അല്ലാതെ ശരിക്കും പത്ത് തല എന്നല്ല അങ്ങനെയാണ് മേനന്ദ സ്വാമികൾ പറയും കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആണെന്ന് പറയാറുള്ളത് മാത്രമല്ല രാവണൻ ഒന്ന് എന്താ ആ ആലുവെന്ന് ജോസ് ജംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ ആ ബസ്സിലുള്ള പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ ഒറ്റ സൗകര്യമേ ഉള്ളൂ ഒറ്റയ്ക്ക് സംഘഗാനത്തിന് പേര് കൊടുക്കാം യുവജനോത്സവത്തിനൊക്കെ അതിന് പത്താളെ തിരഞ്ഞു പോകേണ്ട അതിന്റെ താല്പര്യം ഇതാണ് പത്തും പുറത്തേക്ക് വെച്ചിരിക്കും അപ്പൊ പഞ്ചജനൻ പഞ്ചജനനെ ഭഗവാൻ കൊന്നു എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് മുഖങ്ങളെ ഇല്ലായ്മ ചെയ്തു എന്നിട്ടോ പിന്നെ ഭഗവാൻ അത് ധർമ്മകാഹളത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നാം തന്നെ പാഞ്ചജന്യമായി തീരുകയാണ് എപ്പോഴാണ് നാം പാഞ്ചജന്യമായി തീരുന്നത് ആസ്വരികമായ ഭാവം നമ്മിൽ നിന്ന് ഇല്ലാതെയായ മാത്രം അതിനാരുടെ സാന്നിധ്യം വേണം ആരനുഗ്രഹിക്കണം ഭഗവാൻ അനുഗ്രഹിക്കണം അതിന് ഭഗവാന് ഭഗവാൻ നിന്നാൽ പിന്നെ ഈ അസുരന്മാര് പോയിക്കോളും എന്ന് പറഞ്ഞാൽ ബോധത്തെ അറിഞ്ഞാൽ പിന്നെ ഈ ഇതിന് നിലനിൽപ്പില്ല എന്നാ പാഞ്ചജന്യം ഹൃഷീകേശ ബോധസ്വരൂപൻ പാഞ്ചജന്യത്തെ മുഴക്കി ദേവദത്തം ധനഞ്ജയ ദേവൈഹി ദത്തം ദേവന്മാരാൽ കനിഞ്ഞു കൊടുക്കപ്പെട്ടത് ആര് അർജുനൻ മുഴക്കി പൗണ്ട്രം ദാശങ്കം ഭീമകർമ്മോധര മഹത്തായ കർമ്മം ചെയ്യുന്ന ചെന്നായയുടെ വയറുള്ള മൃഗോദരനായിട്ടുള്ള ഭീമസേനൻ പൗണ്ട്രമെന്ന ശങ്കിനെ മുഴക്കിക് പാഞ്ചന്യംത്തോക് വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള തേരില് മഹതിസ്യന്തനെ മഹത്തായ പേരിൽ ഇരുന്നുകൊണ്ട് മാധവനും ലക്ഷ്മി വല്ലഭനായ മാധവനും പാണ്ഡുപുത്രനായ അർജുനനും ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകളെ മുഴക്കി ഇതാണ് നമ്മൾ എന്നാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കടോപനിഷത്തിന്റെ വെളിച്ചത്തിൽ ഉപനിഷത്താണ് ഭഗവത്ഗീത ധ്യാനശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു സർവോപനിഷതോ ഗാവോ ദോഗ്ദ ഗോപാലനന്ദനഹ ഗീതാമൃതം മഹത് അല്ലേ ഭഗവത്ഗീത ഉപനിഷത്ത് ചേർത്ത് വെച്ചതാണ് ആ ഉപനിഷ ചേർത്ത് വെച്ച പശുവിന്റെ പാലാണ് ഗീതാമൃതം അത് കറന്നെടുക്കുന്നത് ഭഗവാനാണ് കുടിക്കുന്നത് അർജുനനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭഗവത്ഗീതയെ ഉപനിഷത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഒന്ന് പിറകിലേക്ക് നോക്കുന്നത് നല്ലതാണ് രഥ ഈ ചിത്രം ഇത് നമ്മുടെ തന്നെ ചിത്രമാണ് എന്ന് പറയാം നമ്മുടെ ഫോട്ടോയാണ് ഈ കാണുന്നത് യമധർമ്മനാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ആദ്യമായി അപ്പൊ ഭഗവത്ഗീത യമധർമ്മൻ നജികേദസന് വേറൊരു പ്രകാരത്തിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ രഥകൽപ്പന എന്ന് പറയും അവിടെ പറയുന്നത് ആത്മാനം രഥിനം വിധി രീരം രഥമേവ ശരീരത്തെ രഥമായി അറിഞ്ഞാലും ബുദ്ധിം സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ഇന്ദ്രി ഹയാഹു വിഷയാൻ തേ ഗോചരാൻ ആത്മേന്ദ്രിയനോയുക്തം ഭോക്തേത്യാഹു മനീഷിണ മനീഷിണ ഇതി ആഹു മനീഷികൾ മനസ്സിനപ്പുറം കടന്ന് ചിന്തിച്ചിട്ടുള്ള മനസ്സഹെ മനസ്സഹ ഈഷ്ടതെ ഇതി മനീഷീണ മനസ്സിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നവർ അതുകൊണ്ട് അവരെ കവികളെന്ന് പറയും അവരിപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു എന്ത് ശരീരം രഥമാണ് എന്ന് അപ്പം ഈ രഥകൽപ്പന ഒന്ന് നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കും ഈ ഭഗവത്ഗീതാരാധന എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഈ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞം ഇതിനു മുൻപ് എറണാകുളം തിരുവനന്തപുരത്ത് നടന്ന സമയത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഗീതയെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് ഇപ്പോ നമ്മള് കരന്യാസം പഠിക്കും ഭഗവത്ഗീത കരന്യാസം കര എന്ന് പറഞ്ഞ കരത്തിലൂടെ എങ്ങനെയാണ് നാം ഭഗവത്ഗീതയാവുന്നത് ഓരോരോ ശ്ലോകങ്ങളെ കൊണ്ട് നാം തന്നെ ഗീതയായി മാറുക എങ്ങനെയാണ് ആ വിദ്യ പിന്നെ ഈ പറഞ്ഞ രഥകല്പന ഗീതാ മാഹാത്മ്യം ഗീതാ അഷ്ടോത്തരം ഇതെല്ലാം ഈ പുസ്തകത്തിലുണ്ട് അപ്പൊ ശരീരം രഥമേവത്തു ശരീരം രഥമായിട്ട് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു അപ്പൊ മഹതി സ്യന്തനെ എന്ന് പറഞ്ഞു മഹത്തായിട്ടുള്ള രഥം എന്ന് എന്താണ് ഈ രഥത്തിന്റെ മാഹാത്മ്യം ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി മാധവൻ ഇതിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാധവൻ എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് തന്നെ വിവേകം നമ്മൾ കണ്ടു ഇന്നലെ വിവേകം ഉള്ളതുകൊണ്ടാണ് സൃഷ്ടിയിൽ നാം സൃഷ്ടിയിൽ നമ്മെ മകുടമായി ചിത്രീകരിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ മകുടമാണ് നാം ഓരോരുത്തരും എന്ന് പറയാം സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പം മഹതി സ്യന്തനെ മഹത്തായ മാധവനും പാണ്ഡവനും ഇരുന്ന് ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകളെ മുഴക്കി ഇതിനെ നമ്മൾ വളരെ എന്താ തത്വവിചാരമൊക്കെ ചെയ്തു എന്താണ് മുഴക്കിയ ശംഖ് ആ ശങ്കിന്റെ പേര് പറഞ്ഞു പാഞ്ചജന്യം ആരാണ് മുഴക്കിയത് എന്ന് പറഞ്ഞു വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണൻ മുഴക്കി എന്നല്ല പിന്നെയോ ഋഷികേശൻ എന്നാ പറഞ്ഞത് ഋഷി കാണാം ഈശഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ഈശൻ നാഥൻ എന്ന് പറഞ്ഞാൽ ബോധം എന്ന് പറയാ അപ്പൊ ബോധത്തിൽ നിന്നാണ് പാഞ്ചജന്യ ഘോഷം പുറത്തേക്ക് വന്നത് പഞ്ചജന്യം എന്ന് പറഞ്ഞാൽ പഞ്ചജനൻ എന്ന അസുരനെ ഭഗവാൻ കൊന്നു എന്നിട്ട് അതിനെ ധർമ്മകാഹളത്തിനായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തു എന്നാണ് എന്താണ് ഭഗവാന്റെ കൊല്ലല് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു ആസുരികമായ ഭാവത്തെ ഉന്മൂലനം ചെയ്യലിനെയാണ് പുരാണത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഇതിഹാസത്തിന്റെ ഭാഷയിൽ കൊല്ലൽ അതിന് ഭഗവാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ആയുധത്തിന്റെ പേര് സുദർശനം എന്നാണ് ഓർത്തുവച്ചേക്കണം സുദർശനം എന്ന് പറഞ്ഞാൽ സുഷ്ടും ദർശനം ശരിയായ കാഴ്ചപ്പാട് ശരിയായ കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് മാത്രമേ ഒരുവനെ മാറ്റാൻ സാധിക്കൂ എന്ന് പറയാം ബാഹ്യമായ ദണ്ഡനങ്ങളെ കൊണ്ടൊന്നും ഒരുവൻ മാറുന്നതല്ല ഇത് ഭാരതത്തിലെ ഋഷിമാര് പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഒരു കാഴ്ചപ്പാട് കൊടുക്കുന്നതിലൂടെ അവനെ സമൂലം മാറ്റിമറിക്കാം അങ്ങനെയാണ് ആ കാഴ്ചപ്പാട് ഏതൊരു കാഴ്ചപ്പാട് ഏതൊരു വിചാരമായിരുന്നു തന്നെ മുൻപ് നയിച്ചത് പുതിയ വിചാര പുതിയ വിചാരത്തിൽ അദ്ദേഹം എന്തു ചെയ്യുന്നു തന്റെ ആ സമീപനം തന്നെ മാറ്റുന്നു അതുകൊണ്ടാണ് ഈ അസുരന്മാരൊക്കെ ഭഗവാന് സ്തുതിക്കാൻ തയ്യാറായത് മോക്ഷത്തിന് ശേഷം സ്തുതി ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഇന്നലെ നമ്മൾ കണ്ടു നരേന്ദ്രൻ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ ധിക്കരിച്ചത് പിന്നീട് നരേന്ദ്രൻ തന്റെ ഗുരുവിനെ സ്തുതിക്കുന്നത് ആ നരേന്ദ്രന്റെ ഇല്ലായ്മയിൽ വിവേകാനന്ദൻ ജനിക്കുന്നു എന്ന് പറയാ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക കുട്ടികളാണ് ഇത് ചോദിക്കുന്നത് എത്രയോ കുട്ടികൾ സ്വാമിയോട് ചോദിച്ചിട്ടുള്ള സ്വാമി ഈ ദൈവത്തിന് കൊല്ലാൻ ആരാ ലൈസൻസ് കൊടുത്തത് ഈ കൃഷ്ണൻ എത്ര പേരെ കൊന്നു എന്ന് കുട്ടികൾ നിയമമൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ കൃഷ്ണന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ കൃഷ്ണനെ ജാമ്യത്തിലിറക്കാൻ പോലും ഒരാൾക്കും ഇവിടെ സാധ്യമല്ല അത്ര വകുപ്പുകൾ അങ്ങനെയാണ് ഇതാണ് സമൂഹം മാറ്റിമറിക്കുന്ന കാഴ്ചപ്പാട് അപ്പം എന്താ പാഞ്ചജന്യം പഞ്ചജനൻ എന്ന് പറഞ്ഞാൽ അഞ്ചു പ്രകാരത്തിലേക്ക് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ സത്യമാണെന്നും ആ അനുഭവങ്ങൾക്ക് വേണ്ടി തന്നെ ആ അനുഭവങ്ങൾക്ക് വേണ്ടി ഒരുവൻ ജീവിക്കുമ്പം അവനെ പുരാണത്തിൽ അസുരൻ എന്ന് പറഞ്ഞിരിക്കുന്നു അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തി അസുരാഹ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവർ ഈ ഇന്ദ്രിയ താത്പര്യ ഈ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് ഒരു സുഖമുണ്ടെന്നും അതിനെ ആനന്ദമെന്നും അനുഭവിപ്പിക്കുന്നവനാണ് ഭഗവാൻ മറ്റത് എന്താണെന്നറിയോ ഇന്ദ്രിയതലത്തിൽ കിട്ടുന്നത് സുഖമാണ് മനസ്സിന്റെ തലത്തിൽ കിട്ടുന്നത് സന്തോഷമാണ് ബുദ്ധിയുടെ തലത്തിൽ ആഹ്ലാദമാണ് ഇങ്ങനെ സുഖത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും ആഹ്ലാദത്തിൽ നിന്നും അതിനപ്പുറത്തുള്ളതാണ് ആനന്ദം അതാണ് നമ്മുടെ സ്വരൂപം ആ പരമാനന്ദത്തിലേക്ക് ഒരുവനെ കൊണ്ടുപോകണമെങ്കിൽ എന്തുവേണം ഈ പാഞ്ചജന്യമായി നാം തീരണം എന്ന് പറയാം ഭഗവാൻ ആ പാഞ്ചജന്യത്തെ മുഴക്കി ദേവദത്തം ധനഞ്ജയ ദേവൈ ഹി ദത്തം കൊടുക്കപ്പെട്ട ദേവൻ എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാണ് നാം നമ്മൾ എങ്ങനെയാണ് സൃഷ്ടമായത് എന്ന് തത്വബോധത്തില് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതം എന്ന് പറഞ്ഞാല് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ അഞ്ചും ഈ അഞ്ചാണ് നാം വാശിഷ്ഠത്തില് വസിഷ്ഠനോട് രാമൻ വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ട് ഹേ രാമ സർവത്ര പഞ്ചഭൂതാനി സർവത്ര എല്ലായിടത്തും പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ ആറാമതൊന്നിന് നിനക്കിവിടെ തെരഞ്ഞാൽ കിട്ടില്ല എന്ന് പറയും പാതാളേ ഭൂതലേ വീ നീ പാതാളത്തിൽ പോയാലും ഭൂമിയിൽ പോയാലും എവിടെ പോയാലും ഉള്ളതെന്താണ് ഈ പഞ്ചഭൂതങ്ങൾ അതുകൊണ്ട് ധീര തത്ര ന മുഹ്യതി ധീരൻ ഈ വിഷയത്തിൽ എവിടെയും ധീരന് മോഹമില്ല എന്തുകൊണ്ട് എല്ലായിടത്തും ഇത് മാത്രമാണ് എന്ന് പറയും ഇതിന്റെ സമ്മേളനമാണ് ഇത് കൂടിച്ചേർന്നതാണ് അതുകൊണ്ട് ഇതിന് വേദാന്തത്തിലെ പഞ്ചീകരണം എന്ന് പറയും പ്രകർഷേണ പഞ്ചീകൃതം ഇതം പ്രപഞ്ചം ഈ പഞ്ചമഹാഭൂതങ്ങൾ പല ചേർന്നതാണ് ഈ വിശ്വം അപ്പൊ പഞ്ചമഹാഭൂതങ്ങളാണെങ്കില് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും ഈ പഞ്ചമഹാഭൂതങ്ങളുടെ സാത്വികമായ രാജസികമായ താമസികമായ അംശങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് ശങ്കരാചാര്യസ്വാമികള് തത്വബോധം ആത്മബോധം വിവേക ചൂടാമണി ഇങ്ങനെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളില് പറഞ്ഞിട്ടുണ്ട് വേദത്തിലും ഇതൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ മനസ്സോ ദേവതാ ചന്ദ്രമാ മനസ് ചന്ദ്രനെ കൊണ്ട് നിർമ്മിച്ചതാണ് ചന്ദ്രന്റെ സാത്വികമായ അംശങ്ങൾ അതുകൊണ്ടാണ് ഈ ചന്ദ്രന്റെ ഈ പൂർണ്ണ ചന്ദ്രന്റെ സമയാവുമ്പോൾ കുറച്ച് ചിത്തഭരമൊക്കെ ഉള്ളവർക്ക് അത് അധികാവുന്നതൊക്കെ ലുനാറ്റിക്ക് എന്നുള്ള രോഗ പേര് തന്നെ അതിൽ നിന്ന് ലൂനാറിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പൊ നാസിക ഭൂമിയിൽ നിന്നാണ് ഗന്ധം ഭൂമിയുടേതാണ് ആകാശത്തിന്റേതാണ് കാതുകൾ ഇങ്ങനെ ജലത്തിൻ്റേതാണ് രസന ഇങ്ങനെ ഓരോന്നും സൂര്യൻ കണ്ണിന്റെ അധിഷ്ഠാന ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ് ഇങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതത് അധിഷ്ഠാന ദേവതകളെ ഭാരതീയ ഋഷി കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ അധിഷ്ഠാന ദേവതകളോടൊക്കെ ഇതൊക്കെ ദേവതകളാണ് ആരാധിക്കേണ്ടതാണ് അതിൽ നിന്നാണ് നാം തന്നെ ഉണ്ടായത് നമ്മുടെ ഉള്ളിലൊരു സമുദ്രം തന്നെയുണ്ട് നമ്മുടെ സമുദ്രത്തിലേക്ക് ഓടിക്കൊള്ളൂ കടപ്പുറത്തേക്ക് ഓടുക എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കടലിലെ വെള്ളം തൊട്ട് നക്കി നോക്കുക അപ്പം എന്തുണ്ടാവും ഉപ്പ് ഉപ്പ് രുചിക്ക് ഉപ്പുണ്ടാവും എന്ന് പറയാം എന്നിട്ട് നന്നായി കൈ തുടക്കുക അതായത് ഒരു വിരലുകൊണ്ട് മുക്കി നോക്കിയാൽ മതി എന്നിട്ട് അടുത്ത വിരലെടുത്ത് നെറ്റി എന്ന് നോക്കുക ഒരു സമുദ്രം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറയാ അതുപോലെ അഗ്നിയുണ്ട് ഭൂമിയുണ്ട് ആകാശമുണ്ട് അതുകൊണ്ട് ആ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചത്വം പ്രാപിച്ചു എന്ന് പറയുന്നത് പഞ്ചതത്വം ആ പഞ്ചമഹാഭൂതങ്ങൾ വിഘടിച്ച് ആ പഞ്ചമഹാഭൂതങ്ങളായി തീരുന്നു അപ്പൊ ഈ അധിഷ്ഠാന ദേവതകളോടൊക്കെ നമുക്കൊരു എന്താ നമ്മുടെ സമീപനത്തിലും ഒരു എന്താ ഒരു നല്ലൊരു സമീപനത്തെ നാം പുലർത്തേണ്ടതുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളില് എന്താ ജലസ്രോതസ് ജലത്തെ ശുദ്ധീകരിക്കുന്ന കിഡ്നിയും മറ്റുമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരാചാര്യൻ അതിലെത്രത്തോളം അത് അത് സ്വാമി അതൊരു യുക്തിക്ക് നിരക്കുന്നതാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം എങ്കിലും അദ്ദേഹം പറ അദ്ദേഹം പറയുന്നത് പണ്ടത്തേതിനേക്കാൾ ജലസ്രോതസ്സുകളെല്ലാം തന്നെ ഭൂമിയില് ഏറെക്കുറെ ജലസ്രോതസ്സുകളൊക്കെ മാലിന്യമാക്കപ്പെട്ടിരിക്കണെന്നാ വളരെ തുച്ഛമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ മലിനമാക്കാത്തതായിട്ട് അതിപ്പം മാനസ സരസമൊക്കെ ഉണ്ടാവും കൈലാസത്തിൽ അവിടെ അധികം പെട്ടെന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ബാക്കി ഒരു വിധം എല്ലാം മാലിന്യമാക്കപ്പെട്ടു കഴിഞ്ഞു ഗംഗയിലൊക്കെ ഗംഗോത്രി ഗോമുകിലൊക്കെ എത്തിയാ കുറച്ചൊരു ബാക്കിയൊരു വിധം എല്ലായിടത്തും ആയിക്കഴിഞ്ഞ അപ്പൊ ഈ ജല സമഷ്ടിയില ജലസ്രോതസ്സിന് ആ സമഷ്ടി ജലം മലിനമാക്കപ്പെടുന്ന സമയത്ത് വ്യഷ്ടിയിൽ കാരണം എന്താണോ സമഷ്ടിയായിരിക്കുന്നത് അത് തന്നെയാണ് ഞാനായിട്ടിരിക്കുന്നത് അപ്പൊ എന്നിലെ സ്രോതസ്സിന് എന്തുണ്ടാവും ഗ്ലാനി സംഭവിക്കുന്ന അല്ലെങ്കിൽ ച്യുതി സംഭവിക്കും അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ കിഡ്നിയിൽ കിഡ്നിയിലാണ് അതിൻ്റെ ഇരിപ്പ് എന്ന അപ്പൊ കിഡ്നിക്ക് കുഴപ്പമുണ്ടാകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത്ര ഒരാചാര്യൻ പറയുന്നതാണ് അപ്പൊ ഈ കുളം വൃത്തികേടാക്കുക കിണർ വൃത്തികേടാക്കുക ഇങ്ങനെയുള്ളതൊക്കെ വൃത്തികേടാക്കി കഴിഞ്ഞാൽ സമഷ്ടിയിൽ അതിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിലും ഉണ്ടാവും ആകാശത്തിലുണ്ടാകുന്ന ശബ്ദവീജികളും ശബ്ദകോലാഹലങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ കാതിന് സ്വാഭാവികമായിട്ടും കാതിൻ്റെ കാര്യം വലിയ വലിയ സമയമൊന്നും വേണ്ടിവരില്ല എന്ന് പറയാൻ അപ്പൊ സമഷ്ടി മഹാഭൂതങ്ങളെ പരിപാലിക്കുന്നുവെങ്കിൽ നമുക്ക് വ്യഷ്ടിയിലും അത് നമുക്ക് സുഖകരമായിട്ടുള്ള അനുഭവത്തെ തരുന്ന ഇത് മൂന്നാം അധ്യായത്തിൽ വരാൻ പോകുന്നുണ്ട് എങ്ങനെയാണ് ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കൽ എങ്ങനെയാണ് ദേവന്മാർ നമുക്ക് തിരിച്ചു തരുന്നത് ദേവന്മാർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ഓരോരോ കുട്ടിച്ചാത്തനും ഗുളികനും ഇങ്ങനെങ്ങനെ ഇരിക്കുന്ന ബിംബങ്ങളായിട്ട് കരുതിയേക്കരുത് ഉപനിഷത്തിന്റെ ഭാഷയിൽ ദേവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായ ദേവത അപ്പൊ വരുണൻ ദേവനാണ് വായു ദേവനാണ് അഗ്നി ദേവനാണ് അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാം അപ്പൊ ദേവദത്തം എന്ന് പറഞ്ഞാൽ ഈ മഹാഭൂതങ്ങളാൽ കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അല്ലെങ്കിൽ നാം അപ്പൊ ദേവ ദേവദത്തം എന്ന് പറഞ്ഞാൽ ഈ മഹാഭൂതങ്ങളാൽ കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അല്ലെങ്കിൽ നാം ധനഞ്ജയ ധനഞ്ജയൻ അതിനെ മുഴക്കി പൗണ്ട്രം ദദ്മൗ മഹാശങ്കം ഭീമകർമ്മ മൃഗോതരഹ കർമ്മത്തിന്റെ ഭീമ ഭീമകർമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭീമനെ പരിചയപ്പെടുത്തുന്നത് കർമ്മത്തിന്റെ മഹത്തായ കർമ്മത്തിന്റെ ചോദന എന്ന് പറയാം കർമ്മത്തിന്റെ സാധ്യതകൾ നമ്മളെ നമ്മളെ നമ്മളെ നോക്കിക്കൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ എത്രയാ സാധ്യതകളുള്ളത് അല്ലെ നമ്മുടെ ഈ കരങ്ങളിൽ നോക്കി ബോംബെക്ക് പോകുമ്പോഴായിട്ട് തോ ബോംബെ കൊങ്കൺ വഴി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയരായിട്ടുള്ള നമ്മുടെ ആളുകളുടെ കുത്തബ്മീനാറിന്റെ ഹൈറ്റുള്ള പാലങ്ങളൊക്കെ ഉണ്ട് ഇത് തൂണുകൾ എത്രയോ വലിയ വൻ പർവ്വതങ്ങളെ തുരന്നുകൊണ്ടുള്ള ടണലുകൾ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ വലിയ തൂണുകളൊക്കെ ഇങ്ങനെ ഭാവന ചെയ്യാൻ ഇതൊക്കെ എന്താ പറയുക സാക്ഷാത്കരിക്കുന്നത് ആരിലൂടെയാണ് നമ്മുടെ കരങ്ങളിലൂടെയാണോ എന്ന് പറയാം അപ്പൊ മഹത്തായ കർമ്മം ചെയ്യാനുള്ള വലിയ വലിയ സാധ്യതകളെയൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്ന കരങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും അതുകൊണ്ടാണ് ഭീമൻ ഭീമനെ മഹാഭാരതത്തിൽ ചിത്രീകരിക്കുമ്പം ഭീമനൊരു സാധാരണ ചട്ടകമൊന്നും പോരാ എന്ന് പറയാം ഭീമനെടുത്ത് കൈകാര്യം ചെയ്യുന്നത് തന്നെ അങ്ങനെയുള്ള സാധനം ഭീമകർമ്മ മൃഗോദര മൃഗോദരൻ എന്ന് പറഞ്ഞാൽ മൃഗസ്യ ഉദരം യസ് എസ് വൃഗോദര ചെന്നായയുടെ വയറുള്ളവൻ എന്നാണ് ചെന്നായയുടെ വയറ് നല്ല ഒട്ടിയതാണ് എന്ന് പറഞ്ഞാൽ എത്ര കഴിച്ചാലും അത് എല്ലാറ്റിനെയും അങ്ങനെ ഒതുക്കി വെച്ചുകൊള്ളു എത്ര കർമ്മങ്ങളെയും ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ആ കർമ്മത്തിന്റെ പ്രതീകമായിട്ട് നമ്മുടെ ഭീമനെ കാണിച്ചിരിക്കുന്നു വരുന്ന ശംഖുകളെക്കുറിച്ചും ഈ ശംഖധ്വനി വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അടുത്തത് ഈ ശംഖധ്വനി അടുത്തതും അതിന്റെ അടുത്തതും ഈ ശംഖധനി ഏത് പ്രകാരത്തിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ കുരുക്ഷേത്ര ഭൂമിയിൽ നിലകൊണ്ടു എന്ന് വ്യാസം പറയുന്നുണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് തുടർന്നു അനന്ത വിജയം രാജ പുന്തിര ണിപുഷ്പക അനന്ത വിജയം രാജ കുന്ദീപുത്രോ യുധിഷ്ഠിരഹ നകുല സഹദേവശ്ച സുഘോഷോ മണിപുഷ്പകൗ കുന്ദീപുത്രുധിഷ്ഠിരഹ പറയും കുന്തിയുടെ പുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ ഭാരതത്തില് നമ്മുടെ കവികള് ഈ അവരെ ആളുകളെ വിളിക്കുന്ന പേര് ചൊല്ലി വിളിക്കുന്ന സമയത്ത് അമ്മയുടെ പേര് ചേർത്ത് പറയാറുണ്ട് കൗന്ദയൻ കൗന്ദയന്മാർന്ന് ഇവരെ മൂന്ന് പേരെയും പറയാറുണ്ട് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ കുന്തിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയുക ഭഗവാൻ തന്നെ കൗന്ദയ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പേര് ചൊല്ലി വിളിക്കുമ്പം ആ പേരുമായി ചേർത്ത് വിളിക്കുന്ന സമയത്ത് നീ ആരുടെ മകനാണ് ഇപ്പൊ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുക ഇവൻ ആരുടേതാണ് പുത്രൻ കുന്തി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറയാ കുന്തിയെക്കുറിച്ച് ആ കുന്ത എന്നുള്ള ധാതുവിന് ക്ലേശെ സംശ്ലേഷണയിച്ച സഹിക്കാനും സമാശ്ലേഷിക്കാനും പോന്നത് കുന്തിയുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് എല്ലാം കഴിഞ്ഞ് ഭഗവാൻ ചോദിക്കുന്ന സമയത്ത് ഭഗവാനോട് തന്നെ പറഞ്ഞത് അങ്ങനെയാണ് വിപത സന്തുന തത്ര തത്ര ജഗദ്ഗുരുോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവദർശനം കുന്തി സ്തുതിയിൽ ഭഗവാനോട് പറയാ വിപത സന്തു ഭഗവാനെ വിപത്തുക്കളെ തന്നാലും എവിടെ എവിടെയൊക്കെ വിപതോ നൈവ വിപത സമ്പതോ നൈവ സമ്പത ഞാൻ വിപത്തിനെ വിപത്തായി കാണുന്നില്ല സമ്പത്തിനെ സമ്പത്തായിട്ടും കാണുന്നില്ല അങ്ങയുടെ സാന്നിധ്യമാത്രയാൽ സ്മരണ മാത്രയാൽ എനിക്ക് എല്ലാ കഷ്ടപ്പാടും എനിക്കങ്ങനെ കഷ്ടപ്പാടില്ല എന്ന് പറയുക ആ അമ്മ ആ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിലോ അല്ലേ മാതൃയുടെ രണ്ടു മക്കളെയും കൂടെ അഞ്ചു മക്കളെ എത്ര ഭംഗിയായിട്ടാ വളർത്തിയത് കാട്ടിലൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു പരാതി ആരോടെങ്കിലും പറഞ്ഞു ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്റെ കൃഷ്ണ ഇപ്പോഴെങ്കിലും നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ ഞാനും എന്റെ കുട്ടികളും എത്ര കഷ്ടപ്പെട്ടു ഒരു വിധവാ പനുഷൻ നീ വിചാരിച്ചാൽ സാധിക്കും ഈ രാജ്യത്ത് എനിക്ക് മേടിച്ചു തരണം ഈ ഭീമസേനൻ എവിടെയെങ്കിലും ഒരു ജോലി കാരണം അവൻ എന്തും ചെയ്യാൻ പോകുന്നവനാണ് ഏതെങ്കിലും ഒരു ആരോടെങ്കിലും ഒരു പരാതി എല്ലാറ്റിനെയും നമ്മുടെയൊക്കെ മാതൃത്വത്തിന്റെ മഹനീയമാർന്ന ഉജ്വലമായ ആ പ്രതീകം എന്ന് പറയാം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കരണ്ട് പോയാൽ മതി ആ കരണ്ട് കണ്ടുപിടിച്ച ആളെ മുതൽ കുറ്റം പറയാൻ തുടങ്ങും ഈ നാട് ഒരു കാലത്തും നന്നാവില്ല ഈ വീട്ടിലെ അന്നേ വരണ്ടായിരുന്നു അല്ലേ കുന്തിയമ്മയുടെ ആ ഒരു എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഭീമസേനനെ എന്താ ഉപ്പുമാവ് കൊടുത്ത് അല്ല ഉപ്പുമാവ് അല്ലാതെ ഒന്നുണ്ട് എന്തായാലും എന്തോ കൊടുത്ത് വിഷം കൊടുത്ത് കായത്തിൽ കെട്ടിത്താഴ്ത്തിയ സമയത്ത് മയങ്ങിപ്പോയി നഴിച്ചിട്ട് കഴിച്ച മയങ്ങുന്ന ഒരേ ഒരു ഭക്ഷണം നമ്മളെ കണ്ടുപിടുത്തത്തില് ഉപമാവികല് ഭാവം ഭീമസേനൻ ഒരുപാട് കഴിക്കുകയും ചെയ്തു പിന്നീടാണ് ഇവരറിയുന്നത് വിഷമായിരുന്നു അതിൽ കലർത്തിയത് അതാരാണ് അത്ര പറഞ്ഞു കൊടുക്കുന്നത് ഈ ധൃതരാഷന്റെ ഒരു പുത്രൻ ഉണ്ട് യുത്സു എന്ന് പറഞ്ഞിട്ട് ഒരുവൻ നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് പേരിൽ പെടാത്തൊരാളാണ് ഇവൻ പറഞ്ഞു കൊടുക്ക അന്ന് തന്നത് ഇതായിരുന്നു എന്ന് പിന്നീടാണ് നാഗലോകത്ത് പോകുന്നതും ആന്റി പോയിസൺ നാഗം കൊത്തുമ്പം ഉണരുന്നതും മറ്റും അങ്ങനെ ഉണ്ടായ സമയത്ത് അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമം നടത്തിയ സമയത്ത് ബകാസുരന്റെ അടുത്ത് പറഞ്ഞയച്ച് അസുരന്മാരെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമം നടത്തിയ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഓരോന്ന് നടക്കുന്ന സമയത്തും എന്തെങ്കിലും ഒരു പരാതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല അത്രയും തപസ്സിന്റെ സഹനത്തിന്റെ തിദീക്ഷയുടെ പര്യായമാണ് കുന്തി എന്ന് പറയാം സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സിദീക്ഷ നികദ്യതെ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കണം അതിന്റെ ആ തിദിക്ഷയെ ഒരു രൂപം കൊടുത്തു കഴിഞ്ഞാൽ കുന്തിയുടെ രൂപമാണ് അത് അപ്രതീകാരപൂർവകം നമ്മളൊക്കെ പല്ലുകടിച്ച് സഹിക്കുക എന്നെങ്കിലും ഞാൻ ശരിയാക്കി തരാം എന്ന് അതങ്ങനെയായിരുന്നില്ല കാരണം സൂര്യനിൽ നിന്നാണ് പുത്രൻ സൂര്യനിൽ നിന്നാണ് പുത്രന്മാര് എന്താ കർണനൊക്കെ ഉണ്ടായിട്ടുള്ളത് സൂര്യനെയാണ് ആവാഹിച്ചത് സൂര്യനെ ആവാഹിക്കുക സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാവാൻ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ചരിത്രത്തില് സൂര്യനെ ഈ മഹാഭാരതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാല് സൂര്യനെ ഇത്രമാത്രം സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പിൽക്കാലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു വിൻസെന്റ് വാങ് ഗോഗ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോ അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കില്ലായിരുന്നു മര്യാദയ്ക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനുള്ള കാശ് കൊടുത്തിരുന്നത് അദ്ദേഹത്തിന്റെ അനുജനാണ് ആഴ്ചയിൽ രണ്ടു ദിവസം എന്താണ് കഴിക്കുക അദ്ദേഹം ഒരു വർഷം സൂര്യന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒരു വർഷം സൂര്യന്റെ വൈവിധ്യമാർന്ന മുഖഭാവങ്ങൾ ഇത്രയും സൂര്യന്റെ ഭാവങ്ങൾ ആവിഷ്കരിച്ച ഒരു ചിത്രകാരൻ ലോകത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാരില്ല അതും സൂര്യന്റെ താഴെ പട്ടിണിയില് ഭക്ഷണം കഴിക്കാതെ സൂര്യൻ അദ്ദേഹത്തിനൊരു ഹരമായിരുന്നു ആ സൂര്യൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും പോഷിപ്പിക്കുന്നവൻ എന്നാണ് സൂര്യനെ കുറിച്ച് പറയുന്ന ആ സൂര്യനിൽ ഇത്രമാത്രം സൂര്യനെ സ്നേഹിച്ച് സു അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് ഒരൊറ്റ ചിത്രം പോലും ഒരാളും കാശുകൊടുത്തും മേടിച്ചിട്ടില്ല അദ്ദേഹം വെറുതെ സൗജന്യമായിട്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലശേഷം കാലശേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുപ്പത്തേഴ് വയസ്സിൽ എന്തോ ആത്മഹത്യ ചെയ്യായിരുന്നു നമ്മൾ ആത്മഹത്യ ബാങ്കിൽ കടം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്തതുപോലെയല്ല നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ജീവിതത്തെ എനിക്ക് അങ്ങേയറ്റം ജീവിതത്തോട് മതിപ്പാണ് ഈ ലോകം അത്യന്തം സുന്ദരമാണ് നിരാശ കൊണ്ടല്ല ഞാൻ ഈ ലോകം വിട്ടുപോകുന്നത് മതിയായി എന്ന് പറയാം മതിയായി എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒരു വർഷം സൂര്യനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇനി എന്ത് വേണം അത് വേറൊരു കൗന്ദേനാണ് അതുപോലെ നകുലഹ സഹദേവഹ നകുലൻ ന കുലം ആർക്കാണോ കുലമില്ലാത്തത് കുലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കുലത്തിലാണ് ജാതി നീതി കുല ഗോത്ര നാമരൂപകം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ഇങ്ങനെ ആത്മാവിൽ തത് അത് നീയാകുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് ഭാവന ചെയ്യുന്നവൻ ഇന്ന കുലം ഇന്ന കുല ഏതെങ്കിലും ഒരു കുലത്തോട് ബന്ധിക്കപ്പെടാത്തവൻ ആ നിസ്സംഗതയുടെ പ്രതീകം എന്ന് പറയാം സാത്വികമായിട്ടുള്ള ഭാവങ്ങളിൽ നിസ്സംഗതയെ പ്രതിനിധാനം ചെയ്യുന്നു നകുലൻ എന്താണ് നകുലൻ മുഴക്കിയിട്ടുള്ള ശങ്കിന്റെ പേര് സുഘോഷം സുഷ്ടും ഘോഷം കേൾക്കുമ്പം തന്നെ നല്ല ഇമ്പമാറുന്നത് എന്ന് പറയാം അതുപോലെ സഹദേവൻ മണിപുഷ്പകം മണിപുഷ്പകം മണി എന്ന് പറഞ്ഞ നാദം എന്ന ശബ്ദം എന്നാണ് പുഷ്പം ഒരു പൂവിരിയുന്ന നാദം പോലെ മറ്റേ വലിയ ബഹളമൊന്നുമില്ല ഒരു പൂവിരിയുന്നതിന് നാദം ഉണ്ടാവുമോ സ്വാമി അതെ സൂക്ഷിച്ച് നോക്കണം നമുക്ക് പൂ കണ്ടുകഴിഞ്ഞാൽ ഇത് ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്ന് ഒറിജിനൽ ആയിരുന്നു അല്ലേ എന്നാണ് നമ്മുടെ ഒരു സമീപനം പൂവിരിയുമ്പോ ശബ്ദം ഉണ്ടാവുന്ന അപ്പൊ അത്രയും കാത് കാതും കണ്ണും എല്ലാം അത്രയും ശ്രദ്ധയോടുകൂടിയിട്ട് വേണം ഇരിക്കാൻ എന്നാ കേൾക്കും ആരുടെ ശബ്ദം കേൾക്കും ഈ സഹദേവന്റെ ശങ്കനാഥം കേൾക്കാം നകുലനും സഹദേവൻ സഹ ദേവൈഹി സഹ സത്സംഗ സ്വരൂപി എന്ന് പറയാ സത് എന്ന് പറഞ്ഞാൽ കാലത്രയേപ്പി തിഷ്ടതീയത് തത് സത് മൂന്ന് കാലത്തും നിലനിൽക്കുന്നത് അതിൽ സംഘം ചെയ്തവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോ ബോധത്തെ ധ്യാനിക്കുന്നവൻ ഞാൻ ആരെന്നറിയാൻ ശ്രമം നടത്തുന്നവൻ അപ്പൊ അവന്റെ ശംഖിന് വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല അത് ഉള്ളിൽ മാത്രമേ ഉണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ് അതുകൊണ്ടതിന് മണിപുഷ്പകം എന്ന് പേര് കൊടുത്തു ധ്യാനാവസ്ഥിത മനസ്സിൽ ഈ നാദം കേൾക്കാം ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോ ചെലമ്പൊക്കെ കേൾക്കുമല്ലോ അത് ജോലിക്കാരി പാതസ്വരൊട്ട അതിലേതിലെയും പോയതായിരിക്കാം മതി കുട്ടികൾ എന്തെങ്കിലോ നിശബ്ദ നിശബ്ദതയിൽ ഇങ്ങനെയുള്ള ശംഖുകളെയൊക്കെ മുഴക്കി സുഘോഷം മണിപുഷ്പകം തുടർന്ന് വീണ്ടും കുറച്ചു പേരുണ്ടല്ലോ അവരൊക്കെ എന്തൊക്കെ ചെയ്തു അവരും ഓരോരുത്തരും വെവ്വേറെ ശംഖുകളെ മുഴക്കി എന്ന് പറയാം നോക്കാം അടുത്ത പതിനേഴും പതിനെട്ടും ശ്ലോകങ്ങള് പണ്ടവ സൈന്യത്തിലുള്ള ബാക്കിയുള്ള രാജാക്കന്മാര് മുഴക്കിയ ശങ്കുകളെക്കുറിച്ച് പേരില്ല അവരൊക്കെ ആരൊക്കെയാണ് ശംഖു മുഴക്കിയത് പറഞ്ഞു ശിഖണ്ഡീ മഹാരഥ്യോ വിരാട്യാജിത ദ്രുപദോ ദ്രൗപദീയാശ്ച ീപ സൗഭദ്രഹു ശ പരമേശ്വാസ ശിഖണ്ഡീ മഹാരധ ദൃഷ്ടുനോ വിരാടശ്ചാ സകീശ്ചരാജിത ദ്രുപതോ ദ്രൗപത്തെയാഥിപത്തെ സൗഭദ്രശ്ച മഹാബാഹു ശക്േ പൃഥ്വീപത്തെ അല്ലയോ ഭൂമിയുടെ പതിയായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജൻ സഞ്ജയനാണിത് പറയുന്നത് ഓർമ്മിപ്പിക്കുകയാണ് ആരാണ് അങ് വാസ്തവത്തിൽ ഭൂമിയുടെ മുഴുവൻ പതിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് മുഴുവൻ ആധാരമായി യാതൊന്നാണോ നിലകൊള്ളുന്നത് അതാണ് വാസ്തവത്തിൽ അങ്ങ് പക്ഷേ അങ്ങയുടെ ഈ അന്ധത നിമിത്തം കേവലം എന്റെ മക്കള് അവന്റെ മക്കള് എന്ന ചിന്ത വന്നു അതുകൊണ്ട് സഞ്ജയൻ സംബോധന ചെയ്യുമ്പോ വളരെ നന്നായിട്ട് തന്നെയാണ് പറയുന്നത് അല്ലയോ ഭൂമിയുടെ മുഴുവൻ പതിയായിട്ടുള്ള മഹാരാജാവേ പരമേശ്വാസ കാശ്യശ്ച പരമമായ വില്ലേന്തിയിട്ടുള്ള കാശിരാജാവ് നമ്മൾ കണ്ടു ഇതിലെ വില്ല് എന്താണ് എന്ന് അല്ലെ ഉപനിഷത്തിന്റെ ഭാഷയില് ഔപനിഷതം മഹാസ്ത്രം ഉപനിഷത്തിൽ പറഞ്ഞ മഹാസ്ത്രം എന്താണ് പ്രണവോ ധനുഹോ ശരോഹി ആത്മ ബ്രഹ്മതൽ ലക്ഷ്യം ഉച്ചതേ മറന്നു പോകരുത് ഇതാണ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഉപനിഷത്താണ് ഇതിന് പ്രമാണം ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രണവമാണ് ധനുസെന്നും ആത്മാവ് നാം തന്നെയാണ് ശരമെന്നും ബ്രഹ്മമാണ് ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേത് ശരവും ആ ലക്ഷ്യവും മാർഗവും ഒന്നായി തീരണം എന്നും ശരവത് തന്മയോ ഭവേത് അതൊന്നായി തീരണമെന്ന് അപ്പം മഹത്തായ വില്ലേന്തിയവർ എന്ന് പറഞ്ഞാൽ പ്രണവമേന്തിയിട്ടുള്ളവർ സദ്ഗുണങ്ങളെക്കുറിച്ച് പറയണം കാശ്യശ്ച പരമേശ്വാസ മഹാരഥ മഹാരഥനായിട്ടുള്ള ശിഖണ്ഡി ശിഖണ്ഡി നമ്മൾ കണ്ടു ആരാണ് ശിഖണ്ഡി ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ വധിച്ചതിന് പ്രതീകാത്മകമായി നാം കണ്ടുകഴിഞ്ഞു ആ ശിഖണ്ഡി അതുപോലെ ദൃഷ്ടദ്യുനഹ വിരാട അപരാജിത സാത്യകി പരാ സത്യം എന്നതിന് എവിടെയും പരാജയമില്ല എന്ന് പറയാ കള്ളന്മാര് തമ്മിൽ തന്നെ അവരൊരു യൂണിയൻ ഉണ്ടാക്കിയാലും അവരാദ്യം പറയുക നമ്മള് കളവ് പറയരുത് സത്യം പറയണം ചെയ്യുന്നത് അധർമ്മമാണെങ്കിലും അവരുടെ ഇടയിൽ എന്തുണ്ട് ധർമ്മമുണ്ട് അപ്പൊ സത്യത്തിന് എവിടെയും നിലനിൽപ്പുണ്ട് അതുകൊണ്ടത് അപരാജിതമാണ് പരാജയപ്പെട്ടിട്ടില്ല ഇതുവരെ അപരാജിത സത്യകി ദ്രുപദ പദം ഇളകാത്ത കാലുറച്ച ദ്രൗപദയാഹ ദ്രൗപതിയുടെ പുത്രന്മാര് പ്രതിവിന്ധ്യൻ ശ്രുതകീർത്തി സുതാ ശ്രുതസോമൻ ശതാനീകൻ ഇങ്ങനെ പാണ്ഡവന്മാരില് ഓരോരുത്തർക്കായിട്ട് ഉണ്ടായിട്ടുള്ള പുത്രന്മാരെക്കുറിച്ച് നമ്മൾ ആദ്യം കണ്ടുകഴിഞ്ഞു ഹുഹു സൗഭദ്രഹ വീണ്ടും സൗഭദ്ര സുഭദ്രം ആരാണ് അഭിമന്യു എന്ന് പറയാം അങ്ങനെ അഭിമന്യു സർവശ പ്രതക്പ്രതക ശങ്കാൻ ദദ് എല്ലാവരും വെവ്വേറെ ശംഖുകളെ ഉഴക്കിയാണ് അഭിമന്യു അഭിമന്യുവിനെ അറിയാം അഭിമന്യു ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് അല്ലേ ആരാൽ എന്ന് ചോദിച്ചാൽ ജയദ്രധനാൽ എന്നാണ് ചേദ്രതന്റെ ചക്രവ്യൂഹത്തിൽ പെട്ടിട്ട് അഭിമന്യു മരിക്കുന്നതാണ് അപ്പൊ അത് വളരെ ഒരു എന്താ തത്വവിചാരം ചെയ്യേണ്ടുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് വ്യാസരങ്ങനെ കാണിച്ചു തരുന്നത് ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ കർമ്മവ്യൂഹം തന്നെയാണ് ചക്രം എന്ന് പറഞ്ഞാൽ ഏവം പ്രവർത്തിതം ചക്രം ഈ ലോകം തന്നെയാണ് സംസാരം തന്നെയാണ് ചക്രം അതില് അഭിമന്യു എന്ന് പറഞ്ഞാൽ അഭിമാനം തന്നെയാണ് അത്ര അഹം ഇതി മന്യതേ അഹം എന്ന ഭാവം അഹം എന്ന ഭാവത്തിൽ ഇതിൽ ഇരുന്നു കഴിഞ്ഞാലോ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന ജയദ്രഥനാൽ രഥം എന്ന് പറഞ്ഞാൽ ശരീരം ആ ശരീരത്തിൽ താനെന്ന ബോധത്തോടുകൂടി ഇരുന്നാൽ അതിൽ തന്നെയായിരിക്കും തനിക്ക് മരണം തന്റെ ഒടുക്കം എന്ന് പറയുക അതിൽ നിന്ന് കര കയറണമെങ്കിൽ എന്ത് വേണം അതിനകത്തേക്കും പുറത്തേക്കും ഉള്ള കല അറിയണം ഇത് അയാൾക്ക് അകത്തേക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ പുറത്തേക്ക് അറിഞ്ഞില്ല അത് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും അത് ഭഗവാൻ നന്നായി പറയുന്നുണ്ട് ഭഗവാൻ ഈ കല പറയുന്നത് മഹാഭാരതത്തിൽ ഭഗവാൻ ഒരു ശപഥം ചെയ്തിട്ട് ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഒരു ആയുധമെടുത്ത് ഭീഷ്മന്റെ നേരെ പോകുമ്പോഴാണ് അർജുനനോട് ഭഗവാൻ ഇത് പറയുന്നത് കർത്തും അകർത്തും അന്യതാകർത്തും അഹമേവ ശക്തി അർജുന അർജുന ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ചു ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം എന്നിലുണ്ട് ആ കല ഞാൻ പഠിച്ചിട്ടുണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ നിവർത്തിക്കണം നമുക്കറിയാത്തതും ഇതാണ് എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എവിടെ നിന്നാണ് നാം നിവർത്തിക്കേണ്ടത് ഇപ്പൊ ജീവിതത്തെ ആചാര്യന്മാർ അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം കുട്ടികൾക്ക് കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ പരിവ്രാജനം അല്ല അല്ലെങ്കിൽ എന്താ അടുത്ത വാനപ്രസവത്തിലേക്ക് പോണം എന്നാണ് അത് കുട്ടികൾക്ക് കുട്ടികളായാലാ നമ്മൾ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ അതെ വിടുതൽ ആവശ്യമാണ് അതുകൊണ്ട് അവര് വേദം പഠിക്കുന്നതിന് തന്നെ പൂർവാചാര്യന്മാര് സമയം നിശ്ചയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിലാണ് ഗുരുകുലത്തിലേക്ക് പോവുക പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്സിൽ തിരിച്ചു പിന്നെ എന്ത് വേണം ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേത് ബ്രഹ്മചര്യത്തെ പരിസമാപിപ്പിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കും ഗൃഹീഭൂത്വ വനീഭവേത് ഗൃഹത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വാനപ്രസത്തിന് തയ്യാറാവണം വനീഭൂത്വ പ്രവ്രജേത് പിന്നെ പരിവ്രാജനം അതായത് ഇരുപത്തിനാല് വയസ്സിൽ തിരിച്ചു വന്നാൽ ഒരു വധുവിനെ കണ്ടെത്തി അതിൽ ഗാർഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമം ചെയ്യണം അപ്പൊ ഗൃഹസ്ഥാശ്രമം ചെയ്യുന്ന സമയത്ത് ഇയാളുടെ അച്ഛൻ അവനെ എല്ലാം ഏൽപ്പിക്കണം എന്നിട്ട് അടുത്ത ആശ്രമത്തിലേക്ക് അയാൾ കയറണം എന്നിട്ട് ഇവിടെ കുട്ടി പന്ത്രണ്ട് വയസ്സായ അതിനെ പറഞ്ഞു വിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇയാൾ അടുത്തതിലേക്ക് പോകണം സന്യാസത്തിലാണ് പരിസമാപ്തി എന്ന് പറയാം സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെയും നിങ്ങൾ വസ്ത്രം ധരിക്കലല്ല സന്യാസം അങ്ങനെ ധരിച്ചു വയ്ക്കരുത് നതു വസ്ത്രം നതു മുണ്ടനം ജ്ഞാനം സന്യാസ ലക്ഷണം തലമുട്ടയടിക്കലോ കാഷായം ധരിക്കലോ അല്ല കാമ്യാന കർമ്മണാസം സന്യാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും ജ്ഞാന കർമ്മ സന്യാസ യോഗം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഇവിടെയുണ്ട് ക്രമത്തിൽ മനസ്സിലാക്കി വരുമ്പം അതൊക്കെ വളരെ സൗകര്യമായിട്ട് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്രമമായ അടുക്കോട് കൂടിയിട്ടുള്ളൊരു വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു മുൻപ് അങ്ങനെ ഒരു ആ അതിൽ പോവുകയാണെങ്കിലോ വളരെ ശാന്തമായിട്ട് ഈ ലോകം വിട്ടു പോവാം ഇത് അവസാന സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല സുഖമായിട്ട് മരിക്കാൻ അച്ഛനെ അനുവദിക്കൂ എന്ന് അപ്പൊ മൂത്ത മകൻ വന്നിട്ട് ചോദിച്ചു അച്ഛ അച്ഛന്റെ ആഗ്രഹം എന്താണ് എടാ ഈ ഡോക്ടർ എന്ന് മാറ്റിയ തരക്കിടില്ല അയാള് ശരില്ല എന്നാഥ സുഖമായിട്ട് ഈ ലോകത്ത് നിന്ന് എപ്പം വേണമെങ്കിലും പോവാം ഞാൻ റെഡി എന്ന് പറയാൻ പോകുന്ന ഒരു മാനസികാവസ്ഥ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് ധന്യരാണ് ഒരു സംശയവും വേണ്ട നിങ്ങൾ സന്യാസികളാണ് ഞാൻ എപ്പോ വെറുതെ നമ്മൾ പറയും സ്വാമി പറഞ്ഞ അതുപോലെ കേട്ടോ ഞാൻ ഔ സമാധാനായി എനിക്ക് നമ്മൾ പറയും എപ്പം വേണമെങ്കിലും സന്തോഷമായിട്ട് സ്വാമി എന്റെ ഒരു ഒറ്റ പ്രാർത്ഥന അതേയുള്ളൂ എന്താണ് എന്നെ കിടത്താതെ അങ്ങോട്ട് കൊണ്ടുപോകണ സാധിക്കില്ല അത് നിങ്ങളെങ്ങനെ ഇരുത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരുത്തിക്കൊണ്ട് കൊണ്ടുപോകണം തമിഴ്നാട്ടിൽ സാധിക്കും അത് അവരതിനു ശേഷം ഇരുത്തി മുൻപില് പാട്ടൊക്കെ വെച്ച് അങ്ങനെയാണ് അവിടെ പോവുക അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ഞാനിവിടെ നായയായി ജനിക്കാൻ തയ്യാറാണ് എനിക്ക് ഈ ലോകം ഒരിക്കലും പ്രശ്നങ്ങൾ സങ്കീർണമാണ് സങ്കീർണത നിറഞ്ഞതാണ് ദുരിതമാണ് കഷ്ടപ്പാടാണ് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ നായയായി ജനിക്കാൻ തയ്യാറാണ് നമുക്കും ഇത് പറയാൻ സാധിക്കണം ഏത് വിധത്തിൽ വേണമെങ്കിലും അങ്ങേക്ക് ഈ ലോകത്തിൽ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മുടെ ഇത് ഇതാണ് ഇപ്പൊ എന്നെ കിടത്താതെ ഒരു ദിവസം പോലും ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ അത് ഇപ്പൊ ചെയ്യുന്നതോ അതെ ഒരാൾ അതുകൊണ്ടാണ് സ്വാമി എന്ത് ഒരാൾക്കും ഞാനൊരു ബുദ്ധിമുട്ടാവരുത് ഇപ്പം വേറെ അത് വേറെ അതുകൊണ്ട് കിടത്താതെ അങ്ങോട്ട് എന്നെ കൊണ്ടുപോകാം ഒന്നും വേണ്ട അങ്ങനത്തെ പ്രാർത്ഥനകൾ ഒന്നും വേണ്ട ചിലർ വിചാരിച്ചിരിക്കുന്നു അത് നല്ലതാണോ എല്ലാം വിട്ടുകൊടുത്തേക്കാം എല്ലാം അത് ക്യാൻസർ വന്നിട്ടോ കിഡ്നി പോയിട്ടോ കാലൊടിഞ്ഞിട്ടോ കൈ ഒടിഞ്ഞിട്ടോ നാട്ട് റോട്ടിൽ ബസിന്റെ ഇടയിൽപ്പെട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും റെഡി എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ആക്സിഡന്റിലോ എപ്പോൾ എവിടെ എങ്ങനെ അത് നിശ്ചയിക്കുന്നത് അങ്ങാണ് എപ്പോൾ എവിടെ എങ്ങനെ ജനിക്കണം എന്ന് ഞാൻ നിശ്ചയിച്ചതല്ലോ അപ്പോൾ എപ്പോൾ എവിടെ എങ്ങനെ മരി വിട്ടുപോകണം ഈ ലോകം വിട്ടുപോകണം ഈ ലോകം വിട്ടുപോകുന്നതിന് മുൻപേ ഈ ലോകം എന്താണ് ഇതിന്റെയൊക്കെ അധിഷ്ഠാനം എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വിട്ടുപോകുന്നില്ല മരണാനന്തര ഗതിയെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് ജനനാനന്തരം ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഇപ്പം എന്ത് എങ്ങനെ എന്ന് അല്ലയോ പൃഥ്വി പതേ ഈ പൃഥ്വിയുടെ ഈ പൃഥ്വിയുടെ മുഴുവൻ പതിയായിട്ടുള്ള മഹാരാജൻ ഈ എന്താ വലിയ വില്ലേന്തിയിട്ടുള്ള കാശിരാജാവ് മഹാരഥനായിട്ടുള്ള ശിഖണ്ഡി ദൃഷ്ടദ്യുനൻ വിരാടൻ അപരാജിതനായിട്ടുള്ള സാത്വികി സാത്വകി ദ്രുപദൻ ദ്രൗപദേഹ ദ്രൗപതിയുടെ പുത്രന്മാര് മഹാബാഹുവായിട്ടുള്ള എന്താ അഭിമന്യു സർവശ ഇവരെല്ലാവരും തന്നെ പൃഥക് പൃഥക് ശംഖാൻ ദദ് വെവ്വേറെ ശംഖുകളെ മുഴക്കി പറഞ്ഞാൽ ഈ സാത്വികമായിട്ടുള്ള ഭാവങ്ങൾ അത് പ്രത്യേകം പ്രത്യേകം ഓരോരോ ഭാവങ്ങളെ പ്രകടമാക്കി എന്ന് മനസ്സിലാക്കുക എന്താണ് ഈ ശംഖനാഥം കുരുക്ഷേത്ര ഭൂമിയിൽ എപ്രകാരം നിലകൊണ്ടു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഈ പതിന പത്തൊൻപതാമത്തെ ശ്ലോകം എപ്രകാരം ഈ ശബ്ദം നിലകൊണ്ടു എന്നുള്ളത് നോക്കാം സഘോഷോർ ഹൃദയാ സഘോഷോധരാഷ്ട്രാണയാ നേരത്തെ ഭീഷൻ സിംഹത്തെ പോലെ ഗർിച്ച് ശംഖനെ മുഴക്കിയ മുഴക്കി അനന്തരം കൗരവാദികൾ എല്ലാവരും തന്നെ ചേർന്ന് അവരവരുടെ വാദ്യ ഉപകരണങ്ങൾ മുഴക്കി ആ ശബ്ദം എല്ലായിടത്തും കൂടെ നിറഞ്ഞു നിന്നു എന്ന് വ്യാസൻ പറയുണ്ടായി ഇവിടെ പാഞ്ചജന്യം ഋഷികേശ ഭഗവാനിൽ നിന്ന് തുടങ്ങി ഒരു ക്രമമായി അർജുനനിൽ നിന്ന് ഇങ്ങനെ ഒരു ക്രമത്തിൽ വരുന്നു എന്ന് പറയാം ഒരാള് തുടങ്ങി അയാളുടെ അത് കഴിഞ്ഞു അടുത്ത ആള് അത് കഴിഞ്ഞു അടുത്ത ആള് അത് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ എല്ലാവരും വെവ്വേറെ മുഴക്കി പ്രദത്മദുഹു എന്ന് പറഞ്ഞ് പ്രകർഷേണ ദത്മൂന്നൂർണ ദമനം ചെയ്തു എന്നുണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കൽ അങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറ ഇനി അറിയണു എന്താണ് ഈ ശബ്ദം എന്തുണ്ടാക്കി സഘോഷ ആ നാഥം ശബ്ദം ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രന്മാരുടെ ൂറ് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് പേരുണ്ട് ദുശളയെയും പിന്നെ യൂത്സുവിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി മൂന്നാണ് അറിയാം നിങ്ങൾക്ക് ഇവരുടെ ജന്മമൊക്കെ മാംസഭഷ്ണായിരുന്നു കിട്ടിയത് ഒരു ഹലുവ പോലെ അതങ്ങനെ മുറിച്ച് മുറിച്ച് അങ്ങനെ അതൊക്കെ ഈ മുറിച്ചു എന്നൊക്കെ പറയുമ്പം വളരെ രസമാണ് ഇപ്പോഴത്തെ ഈ ആധുനിക ഭാഷയിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അത് കയ്യി കണ്ടിഞ്ഞാൽ ഇത് മനസ്സിലാവും ഇങ്ങനെയാണ് ഇവന്മാരുണ്ടായത് എന്ന് അതായത് സ്വാമിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ബോംബെയിൽ ചെമ്പൂരിൽ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ ഉണ്ടല്ലോ ബാർക്ക് അവിടെ അവിടെ അവിടെ പോയപ്പം അവിടെ ഈ വാഴ വാഴയെ ഇവർ കൾച്ചർ ചെയ്തുണ്ടാക്കുന്നുണ്ട് നമുക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള പല ഒരു വലിയൊരു കാര്യം ഒരു വാഴപ്പഴം മെഡിസിൻ ആയിട്ട് അവർ എന്താ പറയാ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നതിന് പകരം ഒരു പഴം കഴിച്ചാൽ മതി അപ്പൊ ഇത് വെറുതെ കഴിച്ചാലോ മരുന്ന് വെറുതെ കഴിച്ചാലുള്ള ഫലം എന്തോ അത് അതുകൊണ്ട് ഗവൺമെന്റ് അതിനെ ഭൂമിയിൽ വെക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല അത് വലിയ വീപ്പകൾ ടാർ വീപ്പയിൽ അങ്ങനെ എ സി വലിയ ഹോളിനകത്ത് അങ്ങനെ കഴിയുകയാണ് സുഖമായി എയർ കണ്ടീഷൻ ചെയ്ത് ശീതീകരിച്ച് അതിനെ അങ്ങനെ വെച്ചിരിക്കണം കുറെ എണ്ണത്തിന് അപ്പൊ അതിൽ പല ഗവേഷണങ്ങളും നാളെ ഇതൊക്കെ പുറത്തു പല പ്രകാരത്തിൽ കൃഷിയായി ഇനി വരുന്ന യുദ്ധങ്ങളൊക്കെ ഇത്തരത്തിലുള്ളതാണത്രേ അവിടെ വെച്ചാണ് ഒരു ശാസ്ത്രകാരൻ പറഞ്ഞത് മലയാളി ശാസ്ത്രകാരൻ തന്നെ കുളവാഴ മണ്ടരിയൊക്കെ അത്തരത്തിൽ വന്നുകൂടിയതാണെന്ന് കുളവാഴ നമ്മുടെ കുട്ടനാട് പോലുള്ള കൃഷിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നതാണെന്ന് ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയുന്നു എത്ര ശരി സത്യമാണോ കളവാണോ എന്നൊന്നും സ്വാമിക്കറിയില്ല അവിടെ നിന്ന് കിട്ടിയ ഒരു വിവരമാണ് അപ്പൊ ഇങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവരുണ്ടായതേ അങ്ങനെ അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പം ഒരു വാഴയുടെ ഈ ഒരു പൊടി അതിങ്ങനെ ഒരു കത്തി പോലെ ഒരു സാധനം കൊണ്ട് പൊടി പൊടിയാക്കിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു സാധനമാണ് പഞ്ഞിയിൽ വെച്ചിട്ട് അതൊരു ടസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് ഇതിങ്ങനെ കുറേ എണ്ണം ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇത് പല പല ദിവസമായത് പിന്നെ അതിൽ നിന്നിങ്ങനെ ചെറിയ ചെറിയ മുളകൾ വന്നിട്ട് പല ദിവസമായി മാറിയിട്ടുള്ളത് ഒരുപാട് വാഴകൾ അതിൻ്റെ ഉള്ളിൽ പിന്നീട് അതിനെ മാറ്റണം ഒരു പൊടിയിൽ നിന്ന് തന്നെ കുറെ എണ്ണം അപ്പൊ ഇത് നമ്മളിത് ഇങ്ങനെ ഹലുവ കീറുന്നത് പോലെ ഇങ്ങോട്ട് കീറിയിട്ട് ഓരോ അളക്കിലും നമ്മൾ ഈ അച്ചാറിടുന്നത് പോലെ ഇട്ടു വെച്ചു എന്നൊക്കെ മനസ്സിൽ സങ്കല്പിക്കുമായിരിക്കാം ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയില് വളരെ എന്താ എളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതായാലും വ്യാസരിതൊക്കെ നേരത്തെ തന്നെ കണ്ടു എന്നുള്ളത് ഒരു രസം ഏതായാലും ഇവരുടെ ജന്മം അങ്ങനെയാണ് ഒരു രണ്ടും വ്യാസ അനുഗ്രഹത്താലാണ് വ്യാസം പറഞ്ഞതാണ് ഇത് ഓരോ ഭരണിയിലിട്ടോള അങ്ങനെയാണ് ഇവര് വന്നത് ആരൊക്കെയാണ് ദുർഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു ദുവിൽ ദു എന്നുള്ളതാണ് കൂടുതൽ പേരും ദുർമർഷണൻ ദുര്യോധനൻ ദുശാസനൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ദൂക്കാരുണ്ട് ദുശല എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ അവിടെ ഉണ്ട് സംവരണം വ്യാസരന്നേ കണ്ടിരുന്നു ഇനി അതിനൊരു ബഹളം വേണ്ട എന്ന് വിചാരിച്ചു ഒരാളെ അങ്ങനെയും വെച്ചു പിന്നെ ഈ യുയുത്സൻ എന്ന് പറഞ്ഞ വിദ്വാനോ ഇതൊരു ധൃതരാഷ്ട്രർക്ക് എന്താ വൈശ്യ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള ഒരു പുത്രനാണ് ഒരാചാര്യൻ ഗീതയെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ശ്ലോകം ധൃതരാഷ്ട്രം ചൊല്ലുമ്പോ ഈ ധൃതരാഷ്ട്രത്വത്തെ ധൃതരാഷ്ട്രത്വം എത്ര എത്രമാത്രം ഒന്നാം ശ്ലോകത്തിലുണ്ട് എന്ന് കാണിച്ചു തരിക ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവകിം അകുർവത യുയിത്സു എന്ന് പറഞ്ഞ യോദ്ധം യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവനെന്ന അപ്പൊ യുയുത്സവ എന്നതിൽ തന്റെ അവനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് മാമകാഹ എന്ന് പറഞ്ഞ എല്ലാവരും കൗരവന്മാരും യുത്സു എന്ന് പറയുമ്പോ ഇനിയിപ്പോ ഇവനെയും കൂടെ വിട്ടുപോകണ്ട ഇവനാണ് യുദ്ധം ഉണ്ടാക്കാൻ പല സംഗതികൾ ഈ ഭീമനെ വിഷം കൊടുത്തതൊക്കെ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തതൊക്കെ ഈ യുയിത്സു ആണ് അപ്പൊ ഇവരാരാണ് ഈ നൂറ്റിയൊന്ന് പേര് ധാർത്തരാഷ്ട്രന്മാർ എന്ന് പറഞ്ഞാൽ അജ്ഞാന അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചത് തത്വവിചാരം ചെയ്യുമ്പം ഭരണിയും ഒക്കെ വിട്ടേക്കും ടെസ്റ്റ് യൂബൊക്കെ മറന്നേക്കും അജ്ഞാനത്തിൽ നിന്ന് ആവിർഭവിച്ച അജ്ഞാനജന്യങ്ങളായിട്ടുള്ള അതിനെയൊക്കെ തന്നെ അതിൻ്റെ ഹൃദയാനി അതിന്റെ കേന്ദ്രത്തിലേക്ക് വ്യതാരയത് കീറി മുറിച്ചുകൊണ്ട് കടന്നു ചെന്നുകൊണ്ട് മാത്രമല്ല നഭശ്ച പൃഥ്വിയും നഭസിനെയും ഭൂമിയെയും ആകാശത്തെയും ഭൂമിയെയും നഭസ് എന്ന് പറഞ്ഞ ആകാശം പൃഥ്വി ഭൂമി ആകാശത്തെയും ഭൂമിയെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് വ്യനുനാഥയൻ മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട് അതെന്താണ് വ്യതാരയത് യഥാർഥത എന്ന് പറഞ്ഞാൽ പിളർന്നു എന്നാണ് അതങ്ങനെ മാറ്റൊലി കൊണ്ടു ആഘോഷം വിവേകാനന്ദ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശരിയാണ് എങ്കിൽ സെപ്റ്റംബർ പതിനൊന്ന് എൻ്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറയുന്നത് ഈ ശങ്കനാഥമാണ് അപ്പൊ അവിടെ ഉള്ളവർ മുഴുവൻ ധൃതരാഷ്ട്രന്മാരാണോ എന്ന് ചോദിച്ചാൽ സ്വാമി അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നു അതായത് ചെറുപ്പത്തിൽ വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയിട്ട് ഒരു മത പ്രസംഗം നടത്തിയെന്നും അവിടെ വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ സമയത്ത് ആളുകളൊക്കെ കയ്യടിച്ചു എന്നാണ് അതിന് കാരണമായിട്ട് ഇത് പറഞ്ഞു എന്ന ആള് പറഞ്ഞത് അതിനു മുമ്പ് പ്രസംഗിച്ചവരെല്ലാം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നാണ് പറഞ്ഞത് അവർ വെറൈറ്റി എന്ന നിലയ്ക്ക് ഒരു പുതുമ കണ്ടപ്പം അമേരിക്കക്കാർക്ക് സന്തോഷമായി അവർ കയ്യടിച്ചു എന്ന് മനസ്സിലാക്കി വളരെ കാലം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത് നിങ്ങൾ എത്ര പേർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സ്വാമിക്ക് അറിയില്ല പക്ഷെ അതിന്റെ സത്യം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നത് അമേരിക്കക്കാരന്റെ നിഘണ്ടുവിലില്ലാത്ത വാക്കാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നത് അല്ലേ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളത് അവരെ സംബന്ധിച്ച ഒരു പുതിയ വാക്കൊന്നുമല്ല അവർക്കറിയാവുന്ന വാക്ക് തന്നെയാണ് പക്ഷെ വിവേകാനന്ദ സ്വാമികൾ ഇത് പറയുമ്പം അവർക്ക് തോന്നുകയായിരുന്നു ഇതെന്റെ സഹോദരനാണ് ആ ഒരു വികാരം ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത ആ ജനതയ്ക്ക് താൻ നിന്ന് പറയുന്ന സമയത്ത് അവർക്കത് വീൽ ചെയ്തു എന്നാ അവർക്ക് അനുഭവപ്പെട്ടു എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറയുന്നത് സ്വാമിജി അത്രയും ആ ഹൃദയത്തിൻ്റെ വാക്കായിരുന്നു നൃദയത്തിൽ നിന്നായിരുന്നു അതിനൊരു സംശയവില്ല അപ്പൊ എന്തൊക്കെ അജ്ഞാനങ്ങളായിട്ട് അവരുടെ മനസ്സിലുണ്ടോ അതൊക്കെ പോയി കാശത്തെയും ഭൂമിയെയും എന്ന് പറഞ്ഞാൽ ആകാശം കാലത്തെയും ഭൂമി ദേശത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ വാക്കുകൾ ഈ പാഞ്ചജന്യത്തിൽ നിന്നു ഉയരുന്ന വാക്കുകൾ അത് ദേശകാലങ്ങളെ അധിവർത്തിക്കാൻ പോകുന്നതാണ് ഇന്നും വിവേകാനന്ദ സാഹിത്യ സർവസ്വം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലെ സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ വിവേകാനന്ദ സ്വാമികളുടെ മാത്രമല്ല നാരായണഗുരു സ്വാമികളുടെ ശങ്കരാചാര്യ സ്വാമികളുടത് അല്ലേ അമ്മ മരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ചക്കലിട്ടാട്ടി തെങ്ങിനിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഹൃദയാണി വ്യതാറയത് എല്ലാ അജ്ഞാനജന്യങ്ങളെയും കീറി മുറിക്കാൻ പോകുന്ന വാക്കുകളാണത് അതെന്തുകൊണ്ട് പാഞ്ചജന്യത്തിൽ നിന്ന് പാഞ്ചജന്യമാണത് സഘോഷോ ധാർത്തരാഷ്ട്രമാണ് എന്തൊക്കെ അജ്ഞാനങ്ങളെ നമ്മളെ പൂർവികന്മാര് എന്തൊക്കെ മാറ്റി തന്നിട്ടുണ്ട് ഇങ്ങനെ വേണം കരുതാൻ അത് ദേശത്തെയും കാലത്തെയും അധിവർത്തിക്കും ദേശകാലങ്ങളെ അധിവർത്തിച്ച് അത് നിലകൊള്ളും എന്ന് പറയാം വിവേകാനന്ദ സ്വാമികളുടെ പ്രഭാഷണത്തിന് കൊടുത്ത പേര് തന്നെ ബോംബ് വർഷിംഗ് എന്ന ഒരു സന്യാസിയുടെ സ്പിരിച്വൽ ടോക്കിന് പറ്റിയ ടൈറ്റിലാണ് ബോംബ് വർഷിംഗ് അതങ്ങനെയായിരുന്നു അജ്ഞാന കേന്ദ്രങ്ങളിലേക്ക് ഒരു ബോംബ് പോലെ ചെല്ലുകയായിരുന്നു എന്നിട്ട് അത് പൊട്ടുകയായിരുന്നു മൈലാപ്പൂരിൽ നിന്ന് രാമകൃഷ്ണ മിഷൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സ്വാമിജിയുടെ പ്രഭാഷണ പരമ്പരയ്ക്ക് ആ പേര് കാണാം ബോംബ് വർഷം ഒരു പാശ്ചാത്യ പണ്ഡിതൻ സ്വാമിജിയുടെ പ്രഭാഷണത്തെ വിശേഷിപ്പിച്ചത് തന്നെ അങ്ങനെയാണ് ദ ഫസ്റ്റ് കൗണ്ടർ അറ്റാക്ക് ഫ്രം ദ ഈസ്റ്റ് എന്നാണ് പ്രതീകാത്മകമായിട്ട് സ്വാമിജി അവിടെ പറയുന്നുണ്ട് ആധ്യാത്മികതയുടെ അടിത്തറയിലല്ലാതെ പടുത്തുയർത്തിയ ഈ സൗധത്തിന് കേവലം അൻപത് വർഷമാണ് ആയുസ് എന്ന് ഒരു തൊണ്ണൂറ്റി ഒരു സെപ്റ്റംബർ പതിനൊന്ന് തന്നെയാണല്ലോ സന്ദർഭവശാൽ വേൾഡ് ട്രേഡ് സെന്റർ അല്ലെ സഘോഷോ ധാർത്തരാഷ്ട്രാണ് ധാർത്തരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അജ്ഞാനജന്യങ്ങളായിട്ടുള്ളത് മോശപ്പെട്ടത് എന്ന് കരുതണ്ട അറിവില്ലായ്മയിലേക്ക് ആ അന്ധകാരത്തിലേക്ക് എപ്രകാരം അത് തുളച്ചു കയറി അതിന്റെ കേന്ദ്രത്തെ തന്നെ പിളർന്നുകൊണ്ട് അത് ദേശകാലങ്ങളെ അതിവർത്തിച്ച് നിലകൊള്ളുന്നു സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നഭശ്ച പൃഥ്വിയും ചെയ്യുക തുമുല വെനുനാഥയൻ അപ്പൊ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ഇത് നമ്മളും ധ്യാനത്തിലൂടെ മനസ്സല്ല ബുദ്ധിയല്ല ചിത്തമല്ല അഹംവൃത്തികളൊന്നും അഹങ്കാരം ഇത്യാദി വൃത്തികളൊന്നുമല്ല ഞാനെന്നും ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണെന്നും ആ ഒരു ഉറപ്പ് തനിക്ക് വന്നു കഴിഞ്ഞാൽ താൻ സഹചരുമായി സംസാരിക്കുമ്പം തൻ്റെ വാക്കുകൾക്കും ഇതുപോലെ ശക്തിയുണ്ടാവുന്ന തൻ്റെ വാക്കുകൾക്കും വെറുതെ ആളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറയുവായിരുന്നു അതിലൊന്നും വലിയ ആളുകൾക്ക് തന്നെ അറിയാം ഓ ഇപ്പൊ എന്താ വരാൻ പോണതെന്ന് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ കാറ് നോ പാർക്കിങ്ങില് കിടക്കുകയായിരുന്നു എന്നാ അപ്പൊ അത് പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വണ്ടി ഇദ്ദേഹം പാർക്ക് ചെയ്തിട്ട് പോയതാ അപ്പൊ അദ്ദേഹത്തിന് ഫോണ് വന്നു ഇദ്ദേഹം ഇങ്ങനെ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം ഓട്ടന്നെ ഫോൺ എടുത്തു ഏ എന്ത് ഭാര്യയോട് പറഞ്ഞു എടുക്ക് പോണുങ്ങോട്ടെന്ന് അപ്പൊ ഭാര്യ ചോദിച്ചു നിങ്ങളിപ്പോ എന്തിനാ എന്താ എന്താ എന്തിനാപ്പൊ എസ് ഐ എ വിളിച്ച് വഴക്ക് പറയാനാണോ അമ്മ പറഞ്ഞല്ല അതെങ്ങനെയാ സ്റ്റാർട്ടാക്കിയെന്ന് ചോദിക്കാനാണ് അറിയാം അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണോ അതൊന്നുമില്ല മനസ്സ് ശാന്തമായാൽ മനോ ബുദ്ധ്യഹം ചിത്തോത്രജിഹേ നഗ്രാണനേത്രേ നോമ ഭൂമി തേജോ നായു ചിതാന ശിവോഹം ശിവോഹം ഇതൊർപ്പിച്ചാൽ അസംഗോഹമസോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിതാനന്ദരൂപോഹം അഹമേവാഹമവ്യയ നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമേവ ഇത്യാദി വചനങ്ങൾ ഉറപ്പാക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടാവുന്ന അവിടെയാണ് വാങ്്മേ മനസ്സിപ്രതിഷ്ഠിത മനോമേയ വാചിപ്രതിഷ്ഠിത എന്ന് പറയുന്നത് വാക്കില് മനസ്സും മനസ്സില് വാക്കും ആ വാക്കുകൾക്ക് ഒരുവന്റെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കാനും അതുപോലെ ഒരുവന് സാന്ത്വനം പകരാനും സാധിക്കും ആ വാക്കുകൾക്ക് ഒരുവന്റെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കാനും അതുപോലെ ഒരുവന് സാന്ത്വനം പകരാനും സാധിക്കും അപ്പോഴാണത് ഭദ്രം കർണേവി ആയിത്തീരുന്നത് കർണത്തിൽ ഭദ്രമായി ഭവിക്കുന്നത് ജിഹ്വാമേ മധുമത്തമാം കർണാഭ്യാം ഭൂരിവിശ്രുവം എന്നാണ് പറഞ്ഞത് ജിഹുവ കഴിഞ്ഞിട്ട് കർണമാണ് പറഞ്ഞത് കാരണം ഇതിൽ നിന്ന് പോകുന്നത് അപരൻ്റെ കർണത്തിലേക്കാണ് ഇത് ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ കഴിഞ്ഞു അല്ലേ രാവിലെ എഴുന്നേൽക്കുന്നതേ ഇങ്ങനത്തെ ഓരോന്ന് കേട്ടുകൊണ്ടാണ് കിടക്കുന്നത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട രാവിലെ ആവട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കാം ഇനിയിപ്പോ മണി പന്ത്രണ്ടായില്ലേ രാവിലെ ഉണരുന്നതേ അവരങ്ങനെ ആ പുതപ്പൊക്കെ അങ്ങനെ ഇതാക്കിക്കൊണ്ട് ചിലപ്പോ പാൽക്കാരന് നേരെയായിരിക്കും അല്ലെങ്കിൽ പത്രക്കാരന് നേരെയായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരിക്ക് നേരെയായിരിക്കും ഒന്നുമല്ല ഈ പാവം ഭർത്താവിന് നേരെ അല്ലെങ്കിൽ സഘോഷവും നമ്മുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാവട്ടെ എന്ന് പറയാം എല്ലാ അജ്ഞാനങ്ങളെയും ദൂരീകരിക്കാൻ പോന്നതാവട്ടെ വാക്കുകൾ വാക്കുകളുടെ മേല് അങ്ങേറ്റം ശ്രദ്ധയുണ്ടായിരിക്കുക അത് അജ്ഞാനത്തെ ജയിക്കാൻ പോന്നതായിരിക്കണം ഇത് പകരം അജ്ഞാനത്തെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എങ്ങോട്ടാ നിങ്ങൾ ഈ രണ്ടു മൂന്ന് ഒരു നാലഞ്ച് ദിവസമായാലും ഇങ്ങനെ പോകുന്നത് വൈകിട്ട് അതെ അറിഞ്ഞില്ലേ ഏയ് അല്ല ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു അതാ കരയോഗത്തിലെ ഗീതാപ്രഭാഷണം ആ ആരോ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെന്ന് അല്ല ഞാൻ അറിയായിട്ട് ചോദിക്കുക നിങ്ങൾക്കിപ്പോ അതിന് മാത്രം പ്രായമൊക്കെ ആയോ ഗീത കേൾക്കാൻ ഞാൻ അതൊന്നും ഇപ്പോഴൊന്നും കേൾക്കേണ്ടതല്ല നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇല്ല നിങ്ങൾ ഇപ്പോഴേ സന്യാസിയായി കഴിഞ്ഞാൽ അല്ലേ അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിവിടെ വന്നിരിക്കുമ്പം നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും നേരത്തെ വന്ന് കസേരയ്ക്ക് അടി ഉണ്ടാക്കുന്ന നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് നല്ല വട്ട സ്വാമിക്ക് നല്ല അത് പിന്നെ പറയണ്ട കേസ് എന്താ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ വാക്കുകൾ മിക്കപ്പോഴും അപരനിൽ സംശയത്തെ അവന്റെ ശാന്തിയെയും സമാധാനത്തെയും കളയുന്നതാണ് എന്താ വെറുത്തെ വീട്ടിലേക്ക് വന്നാൽ മതി ആ വീട്ടിൽ കണ്ടു ആരോ പ്രസന്റ് കൊടുത്തു മകൾക്ക് ഡാൻസ് കളിച്ചിട്ട് കിട്ടിയതാണ് ഒരു നടരാജ വിഗ്രഹം അവര് ക്ലബ്ബുകാർ ആലോചിച്ചു എന്താ കൊടുക്കേണ്ടത് എന്നാ ഏറ്റവും വലിയ ഡാൻസുകാരൻ നടരാജൻ ഭഗവാൻ ശിവൻ പരമശിവൻ ഇരിക്കട്ടെ കൊടുത്തു അപ്പോഴാണ് ഈ വിദ്വാം എന്ന് പറയുന്നത് ഇത് വീട്ടിൽ വയ്ക്കാൻ പാടില്ല പിന്നെയോ വീടാടിപ്പോവും വീട്ടിലെ നടരാജൻ ആടിക്കൊണ്ടാ വരുന്നത് ദിവസവും അതിനൊരു കുഴപ്പവുമില്ല അതെ അദ്ദേഹം ഇപ്പൊ നടരാജ വിഗ്രഹം വീട്ടിൽ വെക്കരുത് അതെയോ അതെ വീടിന് ഭയങ്കര ദോഷ ആഹ പിന്നെ ഇതാ അല്ലെങ്കിലും ഞാൻ ആലോചിക്കുക ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് എന്ത് ചെയ്താലും ശരിയാവും ഞാൻ വിചാരിച്ച് കുറി കിട്ടുന്നു പക്ഷേ കിട്ടിയില്ല പിന്നെ അതിൽ കൊണ്ടുപോയി കുറച്ച് വെച്ചു ആ കാശ് അങ്ങനെ പോയി ധനനഷ്ടം അത് ഇതുകൊണ്ട അപ്പുറത്തേക്ക് നോക്കുമ്പോ കൃഷ്ണൻ ഓടക്കുഴൽ വെച്ചിട്ടു എന്റെ ഈശ്വര കൃഷ്ണനെ വെച്ചോളൂ പക്ഷെ കുഴല് വെക്കരുത് കാരണം എന്താണ് കുഴലു നിങ്ങളുടെ ഐശ്വര്യ ഊതിപ്പോ ഊതിക്കളയും ഭഗവാൻ എല്ലാം ഈ ഇരിക്കുന്ന പൾപ്പാണ് കൃഷ്ണൻ എന്ന് കരുതിയിട്ടല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മള് അടുത്ത വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും ഈ ഫോട്ടോ ഇങ്ങോട്ട് വെക്കണം അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് വെക്കണം ഇങ്ങനെ സമയം കളയും എന്താ ഇപ്പൊ ഇയാൾക്ക് ഇതൊക്കെ പറയാൻ ഇപ്പൊ അത്ര ആധികാരികമായി പറയാൻ എന്ത് യോഗ്യത എന്ന് ചോദിച്ചാൽ അദ്ദേഹം വർഷമായി ശബരിമലയ്ക്ക് പോന്നു നമ്മളോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരമ്മ സ്വാമി പതിനെട്ട് കൊല്ലം മല കയറി ഇറങ്ങിയ ആളാണ് പതിനെട്ട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു അമ്മ അതിൽ കൂടുതൽ അവിടെ കഴുത കയറി ഇറങ്ങുന്നുണ്ട് അതെ തേങ്ങയും ശർക്കരയുമൊക്കെ ആയിട്ട് ശബരിമലയ്ക്ക് കയറി ഇറങ്ങുന്നത് ഒരു മോശം എന്നുള്ള ഏർപ്പാടല്ല പതിനെട്ട് വർഷം ശബരിമലയ്ക്ക് പോയിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ അദ്ദേഹം അധികാരിയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ട്രക്കിങ്ങിനെ കുറിച്ച് പറയാം കാരണം മല കയറുമ്പോൾ ഇവിടെ വിശ്രമിക്കണം നിങ്ങൾ അധികം വെള്ളം കുടിക്കരുത് അങ്ങനെ അതൊക്കെ വേണമെങ്കിൽ പറയാം അതിനധികാരിയാണ് അയാൾ കാരണം ഇത്ര വർഷം ചെയ്തതുകൊണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതവും നിനക്ക് ശാസ്ത്രമായിരിക്കട്ടെ പ്രമാണം അപ്പൊ നമ്മുടെ വാക്കുകൾ അറിയാത്തതിനെക്കുറിച്ച് നിങ്ങൾ വെറുതെ ഇങ്ങനെ മറ്റുള്ളവനിൽ ഭയമുണ്ടാക്കി അവന്റെ ജീവിതത്തെ സൗര്യം എന്താ പറയാ സ്വസ്ഥമായി ജീവിക്കുന്നവനെയാണ് ഈ അസ്വസ്ഥത കൊടുക്കുന്നത് എന്തൊക്കെയാ നാട്ടിൽ ഇപ്പൊ ഉള്ളത് എന്നറിയോ രക്ഷയില്ല ഏതൊക്കെ വിദ്വാൻമാരെ എന്തൊക്കെ ശാസ്ത്രം ഇപ്പൊ നമുക്കൊക്കെ ഒരു സമാധാനമുണ്ട് എന്താണെന്നറിയോ ഈ ശാസ്ത്രം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് വന്ന് ചോദിക്കാറുണ്ട് സ്വാമി കൈനോക്കുക കൈ നോക്കും നമ്മളെല്ലാവരും നോക്കുന്നു ഓരെ നോക്കും അത് ഇതിന്റെ ഗതി എന്താ എന്താപ്പൊ ഗതി നമുക്ക് അങ്ങനെയുള്ള ഈ ചപ്പടി വിദ്യകൾ ചെറിയ ചെറിയ ഓരോന്നും അതിനായിട്ട് ആളുകൾ ഇങ്ങനെ ആളുകളെ പ്രേരിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം നമ്മുടെ വാക്കുകൾ സഹജന്റെ മനസ്സിൽ മുളപ്പിക്കുന്ന വിത്തുകൾ ഏത് പ്രകാരത്തിലുള്ളതാണ് നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് അജ്ഞാനത്തെ ഇല്ലാതെയാക്കാൻ പോകുന്നതാണോ അതോ വീണ്ടും വീണ്ടും അജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണോ നിങ്ങളായിട്ട് ഈ കൂടിയിരിക്കുന്നവരെങ്കിലും പറയാതിരിക്കുക നമുക്കറിയാത്ത കാര്യങ്ങൾ പറയരുത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അവരിട്ടിരിക്കുന്നത് കണ്ടോ എന്ത് രുദ്രാക്ഷം അതെന്താ ഭർത്താവ് ജീവനോടിരിക്കുമ്പോ സ്ത്രീകൾ രുദ്രാക്ഷം ധരിക്കരുത് അതെയോ അതെ എന്നാ പിന്നെ ഇവര് കെട്ടി സ്വർണ്ണത്ത് കെട്ടി വെച്ചിരിക്കുക എന്തിനാ മരിച്ചിട്ട് വേണോട്ട അതെ അപ്പൊ ഈ രുദ്രാക്ഷം കെട്ടിവെച്ച അമ്മയുടെ ചിന്ത എന്താ ഈ കാലമാടം വേഗം പോണേ എന്നിട്ട് വേണം എനിക്കിതിടാ ഈ വെള്ളസാരിയെ കൊടുത്ത് ആശ്രമത്തില് ഒരു ചിലരാഗ്രഹിക്കുന്നു അങ്ങനെ അപ്പൊ രുദ്രാക്ഷം ഏതെങ്കിലും ഒരു സ്ത്രീ കഴുത്തിലിട്ടാൽ അതിന് ഭർത്താവ് മരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല രുദ്രാക്ഷ ദേവി ഭാഗവതത്തില് രുദ്രാക്ഷ മാഹാത്മ്യത്തില് രുദ്രാക്ഷം ധരിച്ച നാരിയെ കണ്ടാൽ കണ്ടവനും ഓപ്ഷൻ എന്നാ അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഭാര്യമാർക്കും രുദ്രാക്ഷം മേടിച്ചു കൊടുക്കും അതെ അതെവിടെയൊക്കെ ധരിക്കാം എന്നുണ്ട് അരയിൽ കെട്ടാം കയ്യിൽ കെട്ടാം തലയിൽ കെട്ടാം മോതിരമാക്കാം കാതിലാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം അപ്പൊ വെറുതെ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് എന്താ പറയുക വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരില് അതോ ചില എപ്പോഴും നമ്മുടെ ആളുകൾ മനസ്സൊങ്ങനെ ആടുന്നവരാ എന്നിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോവുക ഞാൻ ഇന്നടത്ത് പോയി അയാള് പറഞ്ഞു എന്ത് കൃത്യമാണെന്ന് അറിയാം പറഞ്ഞത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ ഞാൻ വെറുതെ പോയതാ പക്ഷേ അത്ഭുതപ്പെട്ടു ഇതിപ്പോ പന്ത്രണ്ടാമത്തെ സ്ഥലത്താ പോകുന്നു പതിമൂന്നാമത്തെ അടുത്ത് ഇങ്ങനെ തന്നെയാ പോവുക ഇങ്ങനെയാണ് ഓരോരുത്തരും നമ്മളെ ഓരോ ജോലിസരെടുത്ത് കൊണ്ടുപോവുക എന്നിട്ട് അദ്ദേഹം ഓരോന്ന് പറയും അപ്പൊ ഈ നമ്മളായിട്ട് ഒരു തീരുമാനം എടുക്കണം എൻ്റെ വാക്കുകൾ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സംശയം തീർക്കാൻ എന്നിലെ അജ്ഞാനം നീങ്ങാൻ എനിക്ക് ഈ എന്താ മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ സഹായിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ ആധികാരികമായിട്ട് മറ്റവനിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയാൻ പോകേണ്ട എനിക്കറിയില്ല എന്ന് പറഞ്ഞേക്കുകയാണ് പക്ഷെ അറിയില്ല എന്ന് പറയാൻ നമുക്ക് എന്തോ വലിയ മടിയ ഒരു വഴി പോലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇപ്പൊ ഇവിടുന്ന് എറണാകുളത്തുള്ള ആൾ തിരുവനന്തപുരം പോയിട്ട് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ ചോദിച്ചത് പേട്ടയിലേക്ക് എതിരെയാ പോവാ ഇതിലെ നേരെ അങ്ങോട്ട് പോയാൽ മതി അറിയില്ല എന്ന് പറയാൻ ഒരു വിഷമാണ് കാരണം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് എന്ത് ധരിക്കും അതുകൊണ്ട് പോട്ടെ അവൻ അങ്ങോട്ട് നേരെ േട്ട നേരെ അറിയില്ല എനിക്കറിയില്ല അറിയില്ല എന്ന് പറയുന്ന ഒരറിവുണ്ടല്ലോ അതാണ് വളരെ കേമായിട്ടുള്ളതാ അറിയില്ല എന്ന് പറയാൻ നമുക്കറിയണം എന്ന് പറയാ അറിയാത്തത് സഘോഷോ ധാർത്തരാഷ്ട്രാണ് ഹൃദയാനി വ്യതാരയത് നഭശ്ചൃഥി ചെയ്യുവ തുമുലോ വെനുനാഥയ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ നമ്മളെങ്ങനെയാണ് ഇപ്പോഴും താലോലിക്കുന്നത് അച്ഛൻ ചില ഉപദേശങ്ങളൊക്കെ തന്നതുണ്ടാവുമല്ലോ ചിലപ്പം അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് അമ്മാവൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ അല്ലെങ്കിൽ മുത്തശ്ശം പറഞ്ഞത് അല്ലേ അതൊക്കെ ഭൂമിയെയും ആകാശത്തെയും ഒക്കെ അതിവർത്തിച്ചുകൊണ്ട് നമ്മൾ കൈമാറ്റം ചെയ്യുന്നു അങ്ങനെ കൈമാറി കൈമാറി വന്നതല്ലേ ഈ ശ്രുതികളൊക്കെ ഈ ശ്രുതികളെ മുഴുവൻ ശ്രുതി എന്ന് പറഞ്ഞ ശ്രവണ പരമ്പരയാണ് നിലനിന്നത് അതിൻ്റെ നിലനിൽപ്പിതാണ് ശ്രുതിവാക്യങ്ങളായിരിക്കട്ടെ അതിന് സമാനങ്ങളായ വാക്യങ്ങളായിരിക്കട്ടെ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയും ഒരു വൃദ്ധനെ കാണിച്ചിട്ട് ഒരു ചിത്രം കാണിച്ചു തരാം അതാ ഒരു വയസ്സൻ പോകുന്നു എങ്ങനെയാ ഗൃഹീത്വാദണ്ഡം ദണ്ഡം പിടിച്ചുകൊണ്ട് മുണ്ടം ഫലിതം തലയൊക്കെ മുട്ടയായി ദശനവിഹീനം അല്ലൊന്നും ഇല്ല എന്ന് പറയാം എസ് കെ പൊറ്റക്കാടിന്റെ ഭാഷയെ പറഞ്ഞാൽ കീറിയ റബ്ബർ പന്ത് പോലെ റബ്ബർ പന്ത് കീറിയ എങ്ങനെ ഉണ്ടാവും അതുപോലെ അതിങ്ങനെ ഞെക്കി പിടിച്ചാൽ അതുപോലെ ജാതം തുണ്ടം എന്നാ പറഞ്ഞിരിക്കുന്നത് വതനം എന്നാണ് പറയേണ്ടത് ശരിക്കും സംസ്കൃതത്തിൽ വാക്കുകൾ വരേണ്ട പക്ഷെ ഇതല്ല ഒരു കീറിവിടലാണെന്ന് പറയാം മാംസത്തെ ഇങ്ങനെ കീറിവിട്ടിരിക്കുക അതിൽ നിന്ന് വരുന്നത് വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷയും രചിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട് ഒരു പൊത്താണ് ഒരു ദ്വാരം അതിനകത്തിരിക്കുന്ന നാവ് പാമ്പാണെന്ന് പറയുകയാണ് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ ചീറ്റാനാണ് ഓരോരുത്തരെ ചിലർ സംസാരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടില്ലേ ഏതു നേരം ഇങ്ങനെ ചീറ്റാണ് ചീറ്റും എന്ന് പറയും പേടിയാണ് ചിലർക്ക് ആളുകളെ കാണുമ്പം തന്നെ പേടി അച്ഛനൊക്കെ വരുമ്പോഴേക്കും കുട്ടികൾ പറയും അങ്ങനെ പേടിപ്പെടുത്തുക അപ്പൊ ആ വാക്കുകൾ സാന്ത്വനത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം സംശയത്തെ ഉണ്ടാക്കരുത് ഇത് നമ്മളൊരു തീരുമാനം എടുത്തേക്കണം എന്ന് പറയാം അറിയാത്തത് അറിയാൻ ശ്രമിക്കുക എനിക്കും അറിയില്ല നിങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞേക്കെന്തെങ്കിലും അടിച്ചു വിടരുത് എന്ന് പറയും തുടർന്നു ശ്രസാരു അധ വ്യവസ്ഥിതൃഷ്ട്ഷ്രാൻ കവിധ പ്രവൃത്തെ ശസ്ത്രസം ധനുദ്യ പാൺഡവ അത അനന്തരം വ്യവസ്ഥിതാൻ ദൃഷ്ടുവ സൈന്യങ്ങൾ വ്യന്യസിച്ചിരിക്കുന്നത് കണ്ടിട്ട് ധാർത്തരാഷ്ട്രാൻ കവിധ്വജ ധാർത്തരാഷ്ട്രാൻ വ്യവസ്ഥിതാൻ ദൃഷ്ടുക ധൃതരാഷ്ട്രപുത്രന്മാര് സൈന്യങ്ങളെ അങ്ങനെ പലതാക്കി നിർത്തിയിട്ടുണ്ട് അത് കണ്ടിട്ട് ഇവിടെ പറയുന്നു കവി ധ്വജ വളരെ കേമമായിട്ടുള്ള ഒരു പ്രയോഗമാണ് വ്യാസൻ അറിഞ്ഞു നൽകിയിട്ടുള്ളത് കവി കവി എന്ന് പറഞ്ഞ ആരാണ് കമ്പതെ ഇതി കി കമ്പതയെന്ന് പറഞ്ഞാൽ ഇളകുന്നത് ഇളകുന്നതാണ് കപി എന്ന് പറഞ്ഞാൽ കൊരങ്ങൻ എന്ന് പറയാം അവർ അടങ്ങിയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അടങ്ങിയിരിക്കില്ല അടങ്ങിയിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കൊരങ്ങനെ ഇല്ല ഉറങ്ങുമ്പം പോലും എന്തെങ്കിലും കാണിച്ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു വെറുതെ ഇരിക്കില്ല കപിയെ ഈ കപിയോട് ഉപമിച്ചിരിക്കുന്നു നമ്മുടെ പൂർവന്മാർ മനസ്സിനെ പക്ഷേ നിങ്ങൾ മിക്ക ഗീതയിലും കവിധ്വജൻ എന്നതിന് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ എന്നും കാണാം സ്വാമി ഭഗവത്ഗീത വ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകൾ ആ വ്യാഖ്യാനം ശരിയല്ല ഈ വ്യാഖ്യാനമാണ് ശരി സ്വാമി പറയുന്നതാണ് ശരി എന്നൊന്നും പറയുന്നില്ലേ നമ്മൾ നിങ്ങളുടെ കൂടെ ഗീതയെ ഗീത ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉരക്കല്ലാണ് അത് കൽപ്പവൃക്ഷമാണ് ആമുഖമായിട്ട് പറഞ്ഞു ആ കൽപ്പവൃക്ഷത്തെ ആരാണോ സമീപിക്കുന്നത് അവർക്കതിൽ നിന്ന് ആവോളം കിട്ടും എല്ലാവർക്കും ഒരേ സാധനങ്ങളല്ല കൽപ്പവൃക്ഷത്തുനിന്ന് കിട്ടുക എന്താണ് വേണ്ടത് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഒരു സാധകൻ എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ ആധ്യാത്മികമായ പുരോഗതിയെ ലക്ഷ്യം വയ്ക്കുന്ന സമയത്ത് മറ്റ് ചില എന്താ പറയുക ശാസ്ത്ര സമ്മതി ഉണ്ടോ എന്നൊക്കെ നോക്കി അന്വേഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനന്റെ രഥം എന്നിവിടെ വ്യാസർക്ക് ഹനുമാൻ കൊടിയടയാളമായതിനെ പറയാൻ സംസ്കൃത ഭാഷ വശമില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അല്ലേ പക്ഷെ ഇതിൽ രണ്ട് പ്രയോഗങ്ങളുണ്ട് കവി മനസ്സിൻ്റെ അതായത് ചാഞ്ചല്യമുള്ള മനസ്സ് അർജുനനെ കാണിക്കാൻ പോവുകയാണ് അതേ സമയത്ത് അർജുനനെ വ്യാസഭഗവാൻ ഗുഡാകേശൻ എന്ന് പറയുന്നുണ്ട് ഗംഭീര ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഗുഡാകം എന്ന് പറഞ്ഞാൽ നിദ്ര അജ്ഞാനം എന്നാണ് ഈശൻ എന്ന് പറഞ്ഞാൽ അതിനെ ജയിച്ചവൻ എന്നാണ് പാശുപഥാസ്ത്രമൊക്കെ നേടാൻ വേണ്ടി ഉറക്കൊഴിഞ്ഞ ആളാണ് അപ്പൊ ഗുഡാകേശനാൽ ഋഷികേശനോട് ചോദിക്കപ്പെട്ടു എന്നൊക്കെ വരാൻ പോകുന്നുണ്ട് കാണും നമ്മൾ ആ സമയത്ത് അർജുനന്റെ ചോദ്യത്തിന്റെ ഗാംഭീര്യം അറിഞ്ഞുകൊണ്ട് വ്യാസര് അർജുനന് നല്ലൊരു പേര് കൊടുക്കുന്നുണ്ട് അപ്പം ഒരാ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് അടിസ്ഥാനമായിട്ട് ഒരാളും എന്താ പറയുക മോശക്കാരനോ നല്ല ആളോ ആയിട്ടിരിക്കുന്നില്ല എന്ന ദുര്യോധനൻ തന്നെയാണ് സുയോധനനായിട്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ധർമ്മപുത്ര അനീതികൾ കാണുന്നുണ്ട് ധർമ്മപുത്രൻ ചൂതുകളിക്കുന്നത് തെറ്റാണ് ഒരു രാജാവെന്ന നിലയ്ക്ക് ധർമ്മപുത്രർ ചൂത് കളിക്കാൻ പാടില്ലാത്തതാണ് രാജാവിന് നിഷിദ്ധമാണ് ചൂതുകളി കുലവധുവായിട്ടുള്ള തന്റെ ഭാര്യയെ പണയം വയ്ക്കുക എന്നുള്ളത് തെറ്റാണ് അപ്പൊ വ്യാസരെന്തിനങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ എവിടെയാണോ ധർമ്മം ഭദ്രമായി ഇരിക്കേണ്ടത് ആ ഭദ്രമായി ഇരിക്കേണ്ട കൈകളിൽ ധർമ്മത്തിന് ചുതി വരുത്തിക്കൊണ്ട് നമ്മളോട് കഥ പറയുന്നു അതുകൊണ്ടാണ് രാജാവിൽ ആദ്യം തന്നെ രാജധർമ്മത്തെക്കുറിച്ച് ശന്തനു മഹാരാജാവിന്റെ ചില ഇടപെടലുകളിൽ കാണിക്കുന്നു പുത്രൻ എന്ന നിലയ്ക്ക് ഭീഷ്മരുടെ വൈകല്യങ്ങളെ കാണിച്ചു തരുന്നു ഇതൊക്കെ ഈ വൈകല്യങ്ങളെ അറിഞ്ഞ് കൈവല്യത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാ കൈവല്യപ്രാപ്തിയായിരിക്കണം ലക്ഷ്യം അതുകൊണ്ട് അടിസ്ഥാനമായിട്ട് ആരും തന്നെ ദുർഗുണങ്ങളെ സദാസമയം ദുർഗുണങ്ങളുമായിട്ട് കഴിയുന്നില്ല അപ്പൊ ചില സമയത്ത് ഇതാ ഈ വേളയിൽ അർജുനന്റെ മനസ്സ് ചാഞ്ചല്യമതാവുന്നു അർജുന മനസ്സിനെ വ്യാസൻ കാണിക്കുന്നു കൊടി ഇതാ കൊടി എന്തിനെ സൂചിപ്പിക്കുന്നതാണ് അതിനകത്തിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് കവി ഏതൊരു കവിക്കും ലക്ഷ്യമായിട്ടുള്ളത് ആരാണെന്നറിയോ ഹനുമാനാണ് നിശ്ചയദാർഢ്യമാർന്നവൻ നിശ്ചയദാർഢ്യമുള്ള അർജുനൻ അല്ല ഇപ്പം അതുകൊണ്ട് ഹനുമാൻ ഹനുമാനുമായി അർജുനനെ ഇപ്പൊ താതാത്മ്യപ്പെടുത്തിയ വിഷമാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം ഹ അർജുനനെ സംബന്ധിച്ച് കവിയുടെ ഭാവം തന്നെയാണ് കൊരങ്ങന്റെ അവസ്ഥയാണ് ഹനുമാനിൽ അങ്ങനെ ഒരു സംശയവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഹനുമാനെ ചിത്രീകരിക്കുന്ന സമയത്ത് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിട്ടില്ല മറ്റ് പല കുരങ്ങന്മാരും എന്താ പറഞ്ഞു എന്നറിയാം ഞാൻ പത്ത് യോജന ചാടും ഞാൻ ഇരുപത് ചാടും ഞാൻ മുപ്പത് ചാടും നാൽപ്പത് ചാടും നാൽപ്പത്തഞ്ച് ചാടും എന്നൊരാൾ പറഞ്ഞു വേറൊരുത്തൻ അമ്പത് അറുപത് എഴുപത് തൊണ്ണൂറ് അവസാനം ഒരാൾ പറഞ്ഞു ഞാൻ നൂറ് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ ബോട്ട് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ജാംബവം ഒരു വിളിവിളിച്ചത് ഹേ ഹനുമാൻ എന്ന് ഓ എന്താ ചാടിക്കോള ഞാനോ പിന്നെ സാധിക്കും എന്ന് പറയാം അപ്പൊ ജാംബവധർമ്മം അത് വലിയ വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ സാധ്യതയെ ഉണർത്തി വിടുക എന്ന് പറയാം നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞു പിന്നെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല മഹേന്ദ്ര പർവ്വതത്തിന്റെ മുൻപിൽ നിന്നിട്ട് ജയ ശ്രീറാം എന്ന് പറഞ്ഞ ഒരൊറ്റ ചാട്ടായിരുന്നു ആ സമയത്ത് വന്ന തടസ്സങ്ങൾ അല്ലേ ഒരു രാജ്യത്തിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ ഹനുമാന് വന്നിട്ടുണ്ട് എയർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് നേവിൽ നിന്നുണ്ടായിട്ടുണ്ട് ഭൂമിയിൽ നിന്നുണ്ടായിട്ടുണ്ട് എല്ലാം അല്ലേ അതിനോടൊക്കെ വളരെ സൗകര്യപൂർവം ആരോടൊക്കെ എവിടെയൊക്കെ ഉയരണം ഉയർന്നു നോക്കി എവിടെയൊക്കെ താഴണം ചെറുതാവണം ചെറുതായി ലക്ഷ്യത്തിൽ നിന്ന് പതരാതെ ആ മൈനാകത്തിനോട് മൈനാകത്തിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാ പല ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഹനുമാന്റെ മുൻപില് സംശയങ്ങൾക്ക് ഒരു അൽപ്പം പോലും സ്ഥാനമില്ലായിരുന്നു അങ്ങനെ ഒരു ഹനുമാനെ ചേർത്ത് ഇവിടെ ഇപ്പം അർജുനനെ മനസ്സിലാക്കിയ കുഴപ്പമാണ് അതുകൊണ്ട് അർജുനന്റെ മനസ്സിപ്പം ഇളകുന്നത് തന്നെയാണ് കവിധ്വജൻ എന്ന് വ്യാസൻ പറഞ്ഞത് കൊരങ്ങിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചിന്തിച്ചാൽ കാരണം ഹനുമാൻ ഗംഭീരനായിരുന്നു എന്ന് പറയാം ഹനുമാൻ ഒരു സംശയമില്ല ഹനുമാൻ ഒന്നും കൂടെ അങ്ങോട്ട് ചെയ്യുക ചെയ്തു അല്ലെ സീതാദേവിയെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ലങ്ക എങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ തോന്നി ഇത് ഒന്ന് ശരി അവിടെ ഹനുമാൻ എന്ത് ചെയ്തു കുരങ്ങൻ്റെ സ്വഭാവം കാണിച്ചു കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നിട്ട് തിരിച്ചു വരുന്നു